േ നമവിമസീർത്തനോവിന്ദ ജാനകീക്കമരണ ജേ രാമരാമ ഹര നമ പാർവതീപതയേ ഹരഹര മഹാദേഗവതബ്രൂത യർമ്മോ യാദൃശോ നൃണ യൂത്തെ ഭഗവത് ഹരിയെന്ന യോഗീശ്വരനോട് വിദേഹചക്രവർത്തി ചോദിക്കാണ് ഭാഗവതം പറയൂ ഭാഗവതത്തിൽ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് ഒരു ഭക്തൻ ലോകത്തിൽ വർത്തിക്കുക ഭക്തന്റെ ലക്ഷണം എന്തൊക്കെയാണ് യഥാചരതി അർജുനൻ ഭഗവത്ഗീതയിൽ ചോദിച്ചു സ്ഥിതപ്രജ്ഞൻ വർത്തമാനം പറയുമോ സ്ഥിതപ്രജ്ഞൻ ഇരിക്കുവോ സ്ഥിതപ്രജ്ഞ നടക്കുവോ ആളുകൾക്ക് അതൊക്കെ സംശയമാണ് എങ്ങനെ ഉണ്ടാവും പ്രജഹാതി യഥാ കാമാൻ സ്ഥിതപ്രജ്ഞസ്യാ ഭാഷ എന്താണ് സ്ഥിതപ്രജ്ഞന്റെ മട്ട് സ്ഥിതപ്രജ്ഞ കാഭാഷ എങ്ങനെ വർത്തമാനം പറയും എന്തൊക്കെയാണ് എങ്ങനെ ചരിക്കും എങ്ങനെ ഇരിക്കും എല്ലാം ചോദിക്കുകയാണ് അതിന്റെ ഉത്തരമാണ് ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞലക്ഷണം അതുപോലെ ഒരു ഭക്തൻ എങ്ങനെ ഉണ്ടാവും യഥാചരതീ യ്രൂതെ എന്തു പറയും എങ്ങനെ വർത്തമാനം പറയും യൈർ ലിംഗൈഹി എന്തെന്ത് ലക്ഷണങ്ങൾ എന്തെന്ത് വേഷങ്ങൾ ഏതേത് രീതിയിൽ ഉണ്ടാവും ഭഗവത്പ്രിയ അതിന് ഹരി എന്ന യോഗീശ്വരൻ ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെ പറയാ ഒരു ഭക്തൻ എങ്ങനെ ഉണ്ടാവും അതാണ് നമ്മൾ ഇന്നലെ കണ്ടു ഉത്തമഭക്തൻ മധ്യമ ഭക്തൻ പ്രാകൃത ഭക്തൻ ഉത്തമഭക്തന്റെ ലക്ഷണത്തിനെ ആദ്യം തന്നെ പറഞ്ഞു ഉത്തമഭക്തന് ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല എല്ലാ ഈശ്വരസ്വരൂപം ഈശ്വരനെ മാറ്റി നിർത്തി വേറൊന്നും അയാൾ അനുഭവിക്കുന്നില്ല ഭഗവാനെ പൂജ ചെയ്യാൻ പോലും അയാൾക്ക് പറ്റില്ല തുക്കാറാം ഒരു അഭംഗല് പറയുന്നു എനിക്ക് പാടാനൊന്നും അറിയില്ല അതില് പുഷ്പമെടുത്തിട്ട് വിട്ടലോട് പറയാണ് ഈ പുഷ്പം എനിക്ക് വിട്ടലായിട്ട് തോന്നുമ്പോ ഞാൻ എങ്ങനെ പൂജ ചെയ്യും ഈ നിവേദ്യം വിട്ടലായിട്ട് തോന്നുമ്പോ ഞാൻ എങ്ങനെ നിവേദിക്കും ജ്ഞാനസ്ഥിതിയിൽ ഭഗവാൻ സർവത്ര ജാഗ്രതി സ്വപ്നി പാണ്ഡുരംഗ അല്ലെ അപ്പൊ എങ്ങനെ പൂജിക്കും अखंडे सच्चिदानंदे परब्रह्मिणी स्थित अद्वितीय भावस्मीये एने भगवत्व तोब रामकृष्ण परमहंसर् पूज चेद निवेद्यम कल प्राणायस्वाव एपू वनु പൂച്ചയെ കണ്ടപ്പോ കാളിയാണെന്ന് തോന്നി വീണ് നമസ്കരിച്ചു പൂച്ച എടുത്ത് മടിയിൽ വെച്ച് കാളിക്ക് കൊടുക്കേണ്ട നിവേദ്യം പൂച്ചയുടെ വായിലിട്ടുകൊടുത്തു ശൃംഗേരി മഠത്തില് ഇപ്പൊ ഒരു ശങ്കരാചാര്യർ ഇതിനു മുമ്പ് ഒരു ശങ്കരാചാര്യർ അതിനു മുമ്പ് ഒരു ശങ്കരാചാര്യരുണ്ടായിരുന്നു ചന്ദ്രശേഖരഭാരതി സ്വാമികൾ ചന്ദ്രശേഖരഭാരതി സ്വാമികളെ കുറിച്ച് അതിനുശേഷം വന്ന ശങ്കരാചാര്യർ അഭിനോ വിദ്യാ തീർത്ഥൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹം പറഞ്ഞു എന്റെ ഗുരു നാപ്പത്തിയെട്ട് വർഷം മഠാധിപതിയായി ഇരുന്നിട്ട് നാപ്പത്തിയെട്ട് ദിവസം പോലും മഠത്തിലെ ഭരണങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്നാണ് എന്ന് വെച്ചാൽ കർമ്മം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് ആളുകൾ എഴുതി തള്ളി പലപ്പോഴും അദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞ് ഭക്തജനങ്ങൾ ചെന്നാൽ കാണാനും പറ്റില്ല ചിലപ്പോൾ വസ്ത്രമില്ലാതെ അവധൂതചര്യയിൽ നടക്കും ഒരു ദിവസം അന്ന് ഇന്നുക്ക് ബ്രിഡ്ജുണ്ട് അന്ന് ബ്രിഡ്ജില്ല തോണിയിൽ വരും തുങ്ക നദിയിൽ തോണിയിൽ വരും ഇങ്ങോ ഇങ്ങോട്ട് ശാരദാ ക്ഷേത്രത്തിലേക്ക് അപ്പൊ ശാരദാദേവിയെ പൂജിക്കാനായി ഒരു ദിവസം സ്വാമികൾ വരുന്നു വരുമ്പോ പൂജാദ്രവ്യങ്ങൾ നിവേദ്യം പുഷ്പം എല്ലാം കൊണ്ടുവരുന്നുണ്ട് ശാരദാ ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ ഒരു പശു കടക്കുന്നു ആ പശുവെ പശുവിനെ ഇവരെ ഓടി വഴിന്ന് മാറ്റാനായി ശ്രമിച്ചപ്പോ സ്വാമികൾ അരുത് എന്ന് കാണിച്ചു മുമ്പിൽ വന്ന് നിന്നു ദേവിക്ക് പൂജിക്കാൻ കൊണ്ടുവന്ന പുഷ്പം എടുത്ത് ആ പശുവിന്റെ കഴുത്തിൽ അണിയിച്ചു ദേവിക്ക് കൊണ്ടുവന്ന നിവേദ്യം പശുവിനെ നേതിച്ചു പശു എഴുന്നേറ്റ് നിന്നു ഒരു ദീപാരാധന ആരധി കാണിച്ച് പശുവിനൊരു പ്രദക്ഷിണ നമസ്കാരം കഴിഞ്ഞു പോയി വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണെ ഗവി ഹസ്തിനിവ ശോഭാഗ്യ പണ്ഡിതാഹ സമദർശനാ മഹാരാജ്ഞന്റെ ഗുരുവും ഏട്ടനുമായ നിവൃത്തിനാഥ് സോപാനുദേവ് മുക്താബായ് നാലുപേരും അവരുടെ അച്ഛൻ വിട്ടൽപന്ത് മരിച്ച ശേഷം പൈഠനിലുള്ള ബ്രാഹ്മണ സഭയിൽ ചെന്നിട്ട് പൂണോലിടണം അവർക്ക് പറഞ്ഞു അപ്പോ സന്യാസി ആയ ശേഷം ജനിച്ച കുട്ടികളാണ് അതുകൊണ്ട് അവരാരും സമ്മതിച്ചില്ല നിങ്ങൾക്ക് ഏത് ഗോത്രം വെച്ച് പൂണോലിടും എന്ന് ചോദിച്ചു അത്ര അപ്പൊ ജ്ഞാനേശ്വരൻ പറഞ്ഞു നിങ്ങളാരെങ്കിലും ഞങ്ങളെ മക്കളായി സ്വീകരിച്ച് പൂണോലിട്ടാൽ നിങ്ങളുടെ ഗോത്രം നിങ്ങൾ ബ്രാഹ്മണരാണെങ്കിലല്ലേ പൂണൽ ഇടാൻ സന്യാസിക്ക് ജനിച്ച ആളുകൾക്ക് ഏത് ജാതി വിധിക്കും അപ്പൊ ജ്ഞാനേശ്വരൻ പറഞ്ഞു സർവഭൂതങ്ങളിലും ബ്രഹ്മത്തിനെ ആര് കാണുന്നു അവൻ ബ്രാഹ്മണൻ ഉത്തമ അർത്ഥത്തിൽ വേദം പഠിക്കുന്നവനെ ബ്രാഹ്മണൻ എന്നു പറയും എന്തിന് വേദം പഠിച്ചതിന്റെ ലക്ഷണം വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണെ ഗവിഹസ്ഥിനി സർവത്ര ഭഗവാനെ കാണലാണ് അത്തരത്തിലുള്ള ഒരു ജ്ഞാനം ആർക്കുണ്ടോ അങ്ങനെയുള്ള ആളെ ബ്രാഹ്മണൻ എന്ന് പറയാം കിട്ടിയത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നവനാരോ അവനെ ബ്രാഹ്മണൻ എന്ന് പറയാം ഇങ്ങനെ ജ്ഞാനേശ്വരൻ ലക്ഷണം പറഞ്ഞപ്പോ അവർക്ക് പരിഹാസം ആ വഴിക്ക് ഒരു എരുമയെ തെളിച്ചുകൊണ്ടുവരുന്നു ജ്ഞാനേശ്വരനോട് ചോദിച്ചു അത്രേ ബ്രഹ്മമാണെങ്കിൽ ഇപ്പൊ ആ എരുമയിലും അതേ സംശയം എന്താ എരുമേലും ബ്രഹ്മമാണ് അങ്ങനെയാണെങ്കിൽ ദേഷ്യം വന്നു ഇവർക്ക് എരുമേലും ബ്രഹ്മമാണെങ്കിൽ എരുമ വേദം ചൊല്ലുവോ എരുമ എന്ന് പറഞ്ഞ് നോക്കിയാൽ വേദം ചൊല്ലില്ല പരമാത്മാ ഭഗവാൻ എന്ന് നോക്കിയാൽ എരുമ വേദം ചൊല്ലും വേണമെങ്കിൽ വാസ്തവത്തിൽ ഇവർ ചോദിക്കുന്ന ചോദ്യമേ തെറ്റാണ് എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സ്വഭാവം കാണിക്കൂന്ന് ഇവർക്ക് ശാസ്ത്രം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല എല്ലാം ബ്രഹ്മം എന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുമെന്നർത്ഥമല്ല ഒരേ ഇലക്ട്രിസിറ്റി ട്യൂബ് ലൈറ്റിൽ വെളിച്ചം തരുന്നു മൈക്കില് ശബ്ദത്തിനെ അധികമാക്കുന്നു ടേപ്പ് റെക്കോർഡറിൽ പാട്ടുപാടുന്നു ടി വിയിൽ ചിത്രം കാണിക്കുന്നു ഫ്രിഡ്ജിൽ തണുപ്പിക്കുന്നു ഹീറ്ററിൽ ചൂടാക്കുന്നു ഗ്രൈൻഡറിൽ അരി അരയ്ക്കുന്നു ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഒരേ ഒരു സ്വഭാവത്തിനെ മാത്രം കണ്ടിട്ട് പാട്ടുപാടുന്നത് കൊണ്ട് ഇലക്ട്രിസിറ്റി ഭാഗവതരാണ് പറഞ്ഞാൽ ശരിയാവുമോ ഫ്രിഡ്ജില് തണുപ്പിക്കുന്നത് കൊണ്ട് ഇലക്ട്രിസിറ്റി നല്ല തണുപ്പായിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ശരിയാവോ ഇലക്ട്രിസിറ്റിക്ക് തണുപ്പുമില്ല ചൂടുമില്ല അതെല്ലാത്തിനും പുറകിൽ ഇരുന്നു കൊണ്ട് അതാത് ഉപാധിയുടെ സ്വഭാവത്തിനെ ചെയ്യുന്നു ടേപ്പ് റിക്കോർഡറിലും ഇലക്ട്രിസിറ്റി ഗ്രൈൻഡർ ലു ഇലക്ട്രിസിറ്റി അപ്പോ ഗ്രൈൻഡറിലും ഒരു കാസെറ്റ് ഇടുക എന്നിട്ട് ഓൺ ചെയ്യ പാട്ടുപാടുവോ എല്ലാം പൊടിയാക്കി തരും കാസറ്റ് അതുപോലെ ടേപ്പ് റിക്കോർഡറിൽ ഇലക്ട്രിസിറ്റി ആണല്ലോ അതുകൊണ്ട് അരി ടേപ്പ് റിക്കോർഡറിൽ കാസറ്റ് ഇടേണ്ട സ്ഥാനത്ത് അരിയിടുക എന്നിട്ട് ഓൺ ചെയ്യുക അരച്ച് തരുവോ അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യമേ വിഡിത്തമാണ് ഓരോ ഉപാധിക്കും എന്തെന്തു സ്വഭാവമോ അതാത് ഉപാധി അതാത് ചെയ്യുന്നു അതാത് ഉപാധിയെ അവിടെവിടെ ഇരുന്നുകൊണ്ട് ആ ചൈതന്യം പ്രചോദിപ്പിക്കും ഇത് പറഞ്ഞുകൊടുക്കാം ഇവർക്ക് മനസ്സിലാവില്ല ഇവർ കുറുമ്പ് ചോദ്യമാ ചോദിച്ചത് വേദം ചൊല്ലുമോ അപ്പൊ അവർക്ക് ഷഠേ ഷാഠ്യം സമാചരെയത്തുന്നതാണ് അപ്പൊ അവർക്ക് പറ്റിയ രീതിയിൽ എരുമ വേണമെങ്കിൽ വേദം ചൊല്ലും എന്ന് ജ്ഞാനേശ്വരൻ പറഞ്ഞു എത്ര എരുമയോട് ചെന്ന് വേദം ചൊല്ലു എന്ന് പറഞ്ഞു എരുമ ആരംഭിച്ചു അഗ്നിമീളെ പുരോഹിതം യജ്ഞമൃത്യജം ഓ തത്നധാത്തമം എരുമ ശബ്ദത്തിൽ ചൊല്ലിത്തുടങ്ങി എരുമ ഭംഗിയായി നല്ല കണ്ഠത്തില് സ്വരമൊന്നും തെറ്റാതെ വേദം ചൊല്ലിത്തുടങ്ങി കണ്ടവരൊക്കെ പരിഭ്രമിച്ചു പോയി ജ്ഞാനേശ്വരനെ വീണ് നമസ്കരിച്ചു ആ എരുമയെ കൊണ്ടുവന്നിരുന്നോ മുസ്ലിം ഉണ്ടല്ലോ ഒരു മുസ്ലിം ആയിരുന്നു അത്രേ അയാള് പേടിച്ചിട്ട് സ്വാമി നിങ്ങള് എരുമയെ വാങ്ങിച്ചോളുക ഈ എരുമയെ എന്തൊക്കെയോ ചൊല്ലണു ഞങ്ങളുടെ ജാതിക്കാരൻ എന്നെ പുറത്താക്കും ഏൽപ്പിച്ചോത്രേ അപ്പോ ഇവരൊക്കെ കൂടെ ആളുകൾ കുറെ പണം കൊടുത്ത് എരുമയെ വാങ്ങിച്ച് ജ്ഞാനേശ്വരന്റെ കൈയിൽ തന്നെ കൊടുത്തു എന്നാണ് കഥ എന്താന്ന് വെച്ചാ എരുമയിനിപ്പോ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ഇവര് വേദം ചൊല്ലുമ്പോ എവിടെങ്കിലും സ്വരം തെറ്റി എരുമ കറക്ട് ചെയ്തു കൊടുത്താൽ നീ അത് വേറെ അപ്പൊ എരുമയെ ജ്ഞാനേശ്വരന്റെ കയ്യിൽ തന്നെ കൊടുത്തു എന്നാണ് ആ എരുമയെ പോകുന്ന സ്ഥലത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഗീത ജ്ഞാനേശ്വരി എഴുതുമ്പോ എരുമയ്ക്ക് കാണിച്ചു എന്നാ കഥ ആ എരുമ തലകുലുക്കു അത്ര അതൊരു ഏതോ പൂർവ ജന്മത്തിൽ യോഗിയായിരുന്നിരിക്കണം ഏതേതു ശരീരത്തിൽ ആരാരോ ഉണ്ടോ നമുക്കറിയില്ല ഉത്ക്രാമന്തം സ്ഥിരം വാപ്പി ഭുജാനം വാ ഗുണാൻവിതം വിമൂഢാഹാ അനുപശ്യന്തി പശ്യന്തി ജ്ഞാന ചക്ഷുഷ ജ്ഞാനചക്ഷുസുള്ളവർ കാണുന്നു ഓരോ ശരീരത്തിൽ ആരാരോ ഉണ്ട് അപ്പൊ സർവഭൂതങ്ങളിലും ഭഗവാനെ കാണുക എന്നുള്ളത് ജ്ഞാനികളുടെ ലക്ഷണം അത് എരുമയാവട്ടെ തിരുവണ്ണാമലയിൽ ശേഷാദ്രിസ്വാമികൾ ഒരു സിദ്ധൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ഒരാളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും സ്വാമി എനിക്ക് ബ്രഹ്മോപദേശം ചെയ്തു തരണം സ്വാമി പോടാ പോടാ ചീത്ത പറയും ചിലപ്പോ ഓടിച്ചുവിടും ഒരു ദിവസം സ്വാമികൾ ഒരു എരുമയുടെ അടുത്ത് നിക്കുന്നു സ്വാമികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏതോ ഒരു പണക്കാരൻ സ്വാമിക്ക് നല്ലൊരു ഷാൾ കൊടുത്തിട്ടുണ്ട് സ്വാമികൾ ആ ഷാൾ വെട്ടിയിട്ട് എരുമയുടെ വാലിൽ അലങ്കരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ സിദ്ധൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും ഭ്രാന്ത് പോലെയൊക്കെ കാണിക്കും ഭംഗിയായി അലുക്കലുക്കായി വെട്ടിയെടുത്തിട്ട് ഈ ഷാള് എരുമേട കൂക്കി രണ്ട് കൊമ്പില് കട്ടി തൂക്കി എന്താ സാമിയെ കാണിക്കുന്ന എല്ലാർക്കും അവനുക്ക് ആശ് എരുമ കൊമ്പലെയും കട്ടിനോ ഇല്ലയോ ഇവ കൊടുത്ത ഷാൾ എല്ലാം പുറും ഇവൾ കൊടുത്തപ്പോ ഉള്ളില് കാമനാ സാമിക്ക് കൊടുത്തു അറിയണം അപ്പൊ കാമ്യമായിട്ട് കൊടുത്തത് കൊണ്ട് എരുമയുടെ വാലില് കെട്ടിത്തോക്കിയാ എരുമ പോകുന്ന സ്ഥലത്തൊക്കെ എല്ലാരും കാണുവല്ലോ അതിനു വേണ്ടിയാകാം അപ്പോ ഈ ബ്രഹ്മോപദേശം ചെയ്യണം എന്ന് പറയുന്ന ആളും അവിടെ എത്തി അപ്പൊ അയാളോട് സ്വാമികൾ ചോദിച്ചു ഏ ഇത് എന്നാ എരുമയെ കാണിച്ചിട്ട് ചോദിക്ക ഇതെന്താണ് എരുമേ സ്വാമി എരുമ പിന്നേ രണ്ടാമതും ചോദിച്ചു ഇതെന്താ എരുമ പിന്നെയും ചോദിച്ചു ഇതെന്താ എരുമ സ്വാമിക്ക് ദേഷ്യമെന്നും അവനെ ഡേ എരുമേ അവനെ എരുമയെന്ന് വിളിച്ചു നിന്റെ ഉള്ളിൽ എരുമയുള്ളത് കൊണ്ടാണ് പുറത്ത് എരുമ കാണുന്നത് ഇത് ബ്രഹ്മം നിന്റെ ഉള്ളിൽ ജ്ഞാനമുണ്ടെങ്കിൽ ഈ എരുമ ബ്രഹ്മമായിട്ട് അറിയും നിന്റെ ഉള്ളിൽ എരുമയാണോ ഉള്ളതെങ്കിൽ പുറത്ത് എരുമ കാണും ഉള്ളിൽ ചൈതന്യമാണെങ്കിൽ ജഗത് മുഴുവൻ ചൈതന്യമയമായിട്ട് അറിയപ്പെടും സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത്ഭാവം സർവഭൂതങ്ങളിലും ഭഗവാനെ കാണുന്നു എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഹൃദയത്തിൽ ഭഗവാനായതുകൊണ്ട് സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത്ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ അപ്പൊ സർവപ്രാണികളെയും ഈശ്വരനായി കാണുന്ന ഭാഗവതോത്തമൻ ആ ഭാഗവതോത്തമൻ വിശപ്പ് ദാഹം യാതൊന്നും അയാൾക്ക് അറിയുന്നില്ല ശരീരവിപ്രജ്ഞയേ ഇല്ല ദേഹേന്ദ്രിയ പ്രാണ മനോധിയാം യഹ ജന്മാപ്യയക്ഷുഭയതർഷ കൃശ്രൈ സംസാരധർമ്മൈ അവിമുഹ്യമാന സ്മൃത്യാ ഹരെ ഭാഗവത പ്രധാന ഭഗവത് സ്മൃതി ഉള്ളിൽ അത്ര കണ്ടോ ഉണ്ടായതുകൊണ്ട് ശരീരമേ അറിയുന്നില്ല ശരീരപ്രജ്ഞയേ ഇല്ല ഭക്തിയുടെ രസത്തിൽ വിശപ്പില്ല ദാഹമില്ല ബാഹ്യ ബോധമില്ല കാമ്യമായിട്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അവന് കർമ്മമൊന്നും ചെയ്യാൻ പറ്റുന്നു കർമ്മത്തിനെ സ്വയം ഉപേക്ഷിക്കലല്ല സന്യാസം എടുക്കുന്ന പോലെ ഒരു യജ്ഞം ചെയ്ത് കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നില്ല കർമ്മം ഇവനെ വിട്ടുപോകുന്നു കർമ്മത്തിനെ നമ്മൾ ഉപേക്ഷിക്കുന്നതിനും കർമ്മം നമ്മളെ വിട്ടുപോകുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് തേങ്ങ എത്ര ചരകിയാലും ചരട്ടയിൽ കുറച്ച് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അതേ തേങ്ങ കൊട്ട തേങ്ങയായിട്ട് മാറിയാൽ ഒരു പൊട്ടുപോലും വിട്ടുവരും ഉറുവാറുകം ഇവ ബന്ധനാത്ത് മൃത്യോർമുഖീയം ആമൃത്താ വെള്ളിരിക്ക പോലെ വിട്ടുവരുക യാതൊരു ബന്ധമില്ലോ അത് അങ്ങനെ കർമ്മം ഇയാളെ വിട്ടുപോയി ഭക്തിയുടെ ആധിക്യത്തിൽ ഭക്തന് കർമ്മം വിട്ടുപോയിരിക്കുന്നു നാമകർമ്മ ബീജനാം യേതസി സംഭവദേവൈകനിളയ സവൈ ഭഗവതോത്തമ പൂജ ചെയ്യണം എന്ന് വെച്ചാൽ അതുപോലും പറ്റില്ല എന്താ പൂജിക്കണം എന്ന് ഭഗവാന്റെ മുമ്പിൽ ഇരുന്നാൽ പൂജിക്കുന്നു എന്നുള്ള ഭാവമില്ല ഭഗവാനെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും രാമകൃഷ്ണ പരമവംശർ പൂജിക്കുന്നത് കണ്ട് അമ്പലത്തിലെ ഓഫീസർമാരൊക്കെ ആ അമ്പലത്തിന്റെ മാനേജറോട് പോയി കംപ്ലൈന്റ് ചെയ്തു ഇദ്ദേഹം പൂജിക്കുന്നേ ഇല്ല എന്തൊക്കെയോ കാണിക്കണം പൂജിക്കാനിരുന്നാൽ ചിലപ്പോൾ മണിക്കൂർ കണക്കിന് വാതിലടച്ച് അമ്പലത്തിനകത്തിരിക്കുന്നു ചിലപ്പോൾ പുഷ്പമെടുത്ത് ദേവിക്ക് അർച്ചിക്കുന്നതിന് പകരം തന്റെ തലയിൽ അർച്ചിക്കുന്നു ചിലപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് മണിക്കൂറോളം ഇരിക്കുന്നു ഇയാള് പൂജിക്കുന്നില്ല ഇയാളെ ഉടനെ പിരിച്ചുവിടണം അമ്പലത്തിന്റെ അതോറിറ്റി ആയിട്ടുള്ള ഒരമ്മ റാണി രാസമണി എന്നാണ് പേര് ആ അമ്മ റാണിയുടെ സ്ഥാനമായിരുന്നു അവർക്ക് അവരെ ചെന്ന് വിളിച്ചുകൊണ്ടു ഈ പൂജാരി പൂജിക്കുന്നേ ഇല്ല വിളിച്ചുകൊണ്ടുവന്നു അവര് വന്ന് അമ്പലത്തിൽ കാണാനായിട്ട് വന്നു സാധാരണ വലിയ ആളുകൾ വന്നാൽ പൂജാരി എല്ലാം പ്രത്യേകം സ്പെഷ്യൽ പൂജ ചെയ്തു കൊണ്ടു ഈ പൂജ ശരി അവരെ ശ്രദ്ധിച്ചതേ ഇല്ല അദ്ദേഹം ദേവിയിൽ മുഴുകിയിരിക്കുകയാണ് റാണി രാസമണി മുമ്പിൽ വന്നിരുന്നു കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇരുന്നു പക്ഷെ അവര് ധ്യാനിക്കാന്നുള്ളത് എല്ലാവർക്കും എളുപ്പമാണോ കാളിയുടെ മുമ്പിൽ വന്നിരുന്ന് കണ്ണടച്ചിരുന്നുവെങ്കിലും കോർട്ടില് അപ്പൊ നടക്കുന്ന ഒരു കേസ് വ്യവഹാരം അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണ പരമവംസർ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ റാണിയുടെ ചകിടത്ത് ഒരു അടി എല്ലാവരുടെ മുമ്പിലും വെച്ച് ഇവിടെ വെച്ചും ഈ വിചാരവും ആവുന്നോ അവരുടനെ ഠാക്കൂർ ക്ഷമിക്കണം അങ്ങ് സർവദർശിയാണ് അങ്ങേക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുവന്നു അങ് ഈശ്വരനാണ് എന്റെ മനസ്സിന്റെ ഒരു ചെറിയ ചാഞ്ചല്യം അങ്ങേലും പ്രതിബിംബിച്ചു അവിടെ അമ്പലത്തിലുള്ളവർക്കൊക്കെ ആജ്ഞ കൊടുത്തിട്ടു പോയി ഇനിമേലാൽ ഠാക്കൂറിന് ഠാക്കൂർ എന്ന് വെച്ചാൽ അവർ നമ്മളിവിടെ വിളിക്കുന്ന പോലെ തിരുമേനിന്നൊക്കെ വിളിക്കുന്ന പോലെ യാതൊരു അദ്ദേഹത്തിനെ ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആജ്ഞ കൊടുത്തിട്ട് പോയി പക്ഷെ രാമകൃഷ്ണദേവന് പൂജയൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ചു ദിവസം പൂജ ചെയ്ത് പൂജ വിട്ടുപോയി കാമ്യ കർമ്മ ബീജാനം യേതസീ സംഭവ വാസുദേവൈക നിളയ സവൈ ഭാഗവതോത്തമ ശരീരമുണ്ടോ എന്നുള്ളതുപോലും അറിയാത്ത ആൾ എങ്ങനെ പൂജിക്കും ശരീരപ്രജ്ഞയില്ലാത്ത ആളെങ്ങനെ പൂജിക്കും രാമകൃഷ്ണദേവന് ഉടുത്തിരിക്കുന്ന വസ്ത്രമോ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല അത്തരത്തിൽ ഉയർന്ന സ്ഥിതി വാസുദേവൈകനിലയ സവൈ ഭാഗവത്തോത്ത ജന്മ കർമ്മ്യം വർണ്ണാശ്രമ ജാതിഭാ സജ്ജത്തെസ്ൻ അഹംഭാവേഹേ വൈ സ ഹരെ പ്രിഹ भगवान ऐट इष्टमी भागवतोत्म भक्तन आ भक्तन एने या कुन कुल अभिमान त्राह्मणन आयर्न वंशाण अलपन्म कर्मभ्या वर्णाश्रम जि तलिए कर्मेल अभिमानी െ കുറിച്ചുള്ള ചിന്തയേ ഇല്ല ദേഹേ മൈ സഹരേ ഹേ തന്റെ ശരീരത്തിനെ കുറിച്ച് യാതോ ഒരു ചിന്തയും ഇല്ല വാസുദേവൈകനിളയ ഭക്തിയില് ഭഗവാനെ സ്മരിച്ച് ഭഗവത് ഭക്തിയിൽ തന്നെ രമിച്ചിരിക്കുന്ന ഭക്തന് ശരീരപ്രജ്ഞയേ ഇല്ല ഒന്നിലും തന്റെ സ്വത്വമില്ല എന്നാണ് ന സ്വഹാ പര ിത്തേശു ആത്മനിവാഭിത സമ സവൈ ഭനം പണം കൈകാര്യം ചെയ്യാൻ പറ്റില്ല പണത്തിന് രാമകൃഷ്ണദേവന് പണം തൊടാൻ പറ്റില്ല സ്വാമി വിവേകാനന്ദൻ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസരുടെ കിടക്കയുടെ ചുവട്ടിൽ കുറച്ച് പൈസ കൊണ്ടുവന്ന് വെച്ചു അന്ന് കിടക്കാനായി രാമകൃഷ്ണദേവൻ അതിൽ വന്ന് ഇരുന്നതും ദേഹം മുഴുവൻ പൊള്ളിയിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഏ ഇവിടെ വരൂ ഇതിനകത്ത് എന്തോ ഉണ്ട് എടുത്തു നോക്ക ശരീരം മുഴുവൻ പൊള്ളുന്നു പൈസ തൊടാൻ പോലും വയ്യാന്നാണ് അങ്ങനെ ഒരു സ്ഥിതി കാഞ്ഞങ്ങാട് സ്വാമി രാമദാസ് അദ്ദേഹം പരിവ്രാജകനായിട്ട് നടക്കുന്നു പരിവ്രാജകനായി നടക്കുമ്പോ ഒരു സ്ഥലത്തെ ഒരു വലിയ പണക്കാരൻ അദ്ദേഹത്തിന്റെ ഭക്തൻ ആ ഭക്തന്റെ വീട്ടിൽ ഗസ്റ്റ് ഹൌസിൽ സ്വാമിയെ താമസിപ്പിച്ചു പുറമേക്ക് ഔട്ട് ഹൌസ് നല്ല വെൽ ഫർണിഷ്ഡ് റൂം അതില് പല വസ്തുക്കളും ഉണ്ട് സ്വാമി രാത്രി ശ്രീറാം ജയറാം ജയ ജയറാം രാമനാമം ജപിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനകത്ത് ഒരാൾ കയറി വന്നു നമ്മൾ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ എന്ന് പറയണം സ്വാമിക്ക് സാക്ഷാത് രാമൻ കയറി വന്നു ഒരാള് കയറി വന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചു സ്വാമി പറഞ്ഞു അതിനെന്താ ധാരാളം താമസിച്ചോളൂ ഇത് നിന്റെ വീടാണോ ആരാന്നേ അറിയില്ല തന്റെ വീടു അല്ല അവരുടെ വീട്ടിൽ ഔട്ട് ഹൌസിൽ ഇരിക്കുകയാണ് വേറെ ആരോ ഒന്ന് ധാരാളം താമസിച്ചോളൂന്നു ഞാൻ നിങ്ങൾ കിടക്കുന്ന കട്ടിലിൽ കിടക്കട്ടെ കട്ടിൽ അയാൾക്ക് കൊടുത്തിട്ട് സ്വാമി ചുവട്ടിൽ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഇയാൾ എഴുന്നേറ്റിട്ട് ഒരു രാത്രി പകുതി രാത്രി ആയപ്പോ എഴുന്നേറ്റിട്ട് പറഞ്ഞു എനിക്ക് ഈ റൂമിലുള്ള സാധനങ്ങളൊക്കെ വേണം എല്ലാം അങ്ങയുടെ എടുത്തോളൂ നിങ്ങൾ നിലവിളിക്കില്ലല്ലോ ശബ്ദം ഉണ്ടാക്കില്ലല്ലോ ഞാൻ ആരെയും വിളിക്കില്ല ഇത് നിങ്ങളുടെ നിങ്ങളുടെ സ്വത്ത് ഓർക്കണം സ്വാമിയുടെ സ്വത്തല്ല വേറെ ആരുടെയോ വീട്ടിലാണ് സ്വാമി ഇരിക്കുന്നത് സ്വാമിക്ക് തന്റേതൊന്നുമില്ല മറ്റുള്ളവരുടേതോന്നുമില്ല ആ മുറിയിലുണ്ടായിരുന്ന ക്ലോക്ക് ചില സാധനങ്ങൾ പാത്രം അത്യാവശ്യം വിലപ്പെടുപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സ്വാമിയോട് പറഞ്ഞു ഇതൊക്കെ കെട്ടാൻ എനിക്കൊരു മുണ്ട് വേണം അവിടെ മുണ്ടുണ്ടായിരുന്നത് സ്വാമി കൊടുത്തിരിക്കണ മുണ്ട് മാത്രം അത് അഴിച്ചു വാങ്ങിച്ചു ആ മുണ്ടും അഴിച്ചു വാങ്ങിച്ചു സ്വാമിക്ക് ഇതൊക്കെ നടക്കുമ്പോ സ്വാമിയുടെ ഉള്ളിലുള്ള ഭാവം ഇതൊക്കെ സ്വാമി തന്നെയാണോ പിന്നീട് എഴുതുന്നതേ വേറെ ആരും എഴുതിയതല്ല അദ്ദേഹമേ എഴുതിയതാണ് അപ്പൊ അദ്ദേഹം പറയണു ഓരോന്ന് വരുമ്പോഴും രാമൻ എന്നെ പരീക്ഷിക്കുകയാണ് രാമൻ എനിക്ക് എത്ര കണ്ട് മമതയുണ്ട് എന്ന് പരീക്ഷിക്കുകയാണ് ഈ സ്വത്തിലും സമ്പത്തിലും എന്റേതെന്നോ മറ്റുള്ളവരുടേതെന്നോ ഉള്ളതോളം കാലം പൂർണ്ണമായ ഭക്തി ഉണ്ടായിട്ടില്ല അപ്പൊ രാമൻ എന്നെ പരീക്ഷിക്കുകയാണ് ഒരൊറ്റ ഭാവമേ ഉള്ളു പരീക്ഷിക്കുന്ന പോലെ തന്നെ ഇയാൾ എന്ത് ചെയ്തു സ്വാമിയുടെ മുണ്ടഴിച്ചു വാങ്ങിച്ചു സ്വാമിയുടെ കൗവീനം അഴിച്ചു വാങ്ങിച്ചു സ്വാമി മൂക്കത്ത് വെച്ചിരിക്കുന്ന കണ്ണട അഴിച്ചു വാങ്ങിച്ചു സർവ സാധനങ്ങളും പെറുക്കി ആ മുണ്ടില് തുണിയിൽ കെട്ടിയിട്ട് പുറപ്പെടുമ്പോ സ്വാമി പറഞ്ഞു ഇവിടെ ഒരു റാന്തൽ വിളക്കുണ്ട് ഇരുട്ടത്ത് നടന്നു പോകേണ്ട ഈ വിളക്കും കൊണ്ടുപോകൂ ആ വിളക്കും കൊടുത്തു എന്നിട്ട് പൂർണ്ണ ദരനായിട്ട് കട്ടില് അഗാധമായി സമാധിയിലിരുന്നു കണ്ണു തുറന്ന് നോക്കുമ്പോ നേരം വെളിച്ചുമായിരിക്കുന്നു ആ വീട്ടിന്റെ ഉടമസ്ഥൻ മുറിയിൽ വന്ന് സംഭ്രാന്തനായിട്ട് നിൽക്കുക റൂമിൽ ഒന്നും കാണാനില്ല റൂം ക്ലീൻ സ്വാമിയും ക്ലീനായിട്ട് ഇരിക്കുന്നു ഒന്നുമില്ല സ്വാമിയോട് ചോദിച്ചു ഇവിടെ ഉള്ളതൊക്കെ എവിടെ സ്വാമി പറഞ്ഞു രാമൻ എല്ലാം വന്ന് എടുത്തോണ്ട് പോയി ശ്രീരാമൻ എല്ലാം വന്ന് എടുത്തുകൊണ്ടുപോയി അയാൾക്കും സ്വാമിയുടെ സ്ഥിതി മനസ്സിലാവുന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി വീണ്ടും എല്ലാം കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ് എല്ലാം രാമൻ എടുത്തുകൊണ്ടുപോയി രാമൻ കൊണ്ടുവന്ന് തന്നത് രാമൻ എടുത്തുകൊണ്ടുപോയി എന്നാണ് യഹ പര ഇതി തന്റേതെന്നില്ല മറ്റുള്ളവരുടേതെന്നില്ല വിത്തേശു ആത്മനിവാഭിത ധനത്തിലില്ല സർവഭൂത സമശാന്ത സർവഭൂതങ്ങളോടും സമബുദ്ധി സവൈ ഭാഗവതോത്തമ ഈ സ്ഥിതി ലോകവ്യവഹാരത്തിനു കൊള്ളുമോ അതാണ് പറഞ്ഞത് ലോകത്തിൽ മധ്യമ ഭക്തിയെ പ്രാക്ടിക്കലായിട്ട് നിൽക്കുകയുള്ളൂ ഉത്തമഭക്തി ഇതാണ് സ്ഥിതി ഇതാണ് ഭക്തിയെങ്കിൽ ഇത്ര കണ്ട് നമുക്ക് വേണ്ട എന്ന് ഈ സ്ഥിതി ലോകവ്യവഹാരത്തിന് കൊള്ളില്ല അല്ലെ വ്യവഹരിക്കണം എന്നു മോഹമുള്ള ആൾക്ക് ലോകത്തിൽ ജീവിക്കണം കുടുംബം വ്യവഹാരം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉത്തമഭക്തി പറ്റില്ല മധ്യമ ഭക്തി വെച്ചുകൊണ്ടിരിക്കാനേ സാധ്യമാവുള്ളൂ ഉത്തമഭക്തിയിൽ തന്റേതില്ല മറ്റുള്ളവരുടേതില്ല സന്യാസധർമ്മമാണ് എല്ലാം ഭഗവാന്റെ എന്ന് വരുമ്പോ കർമ്മം ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത സ്ഥിതി വന്നു സർവവും ഭഗവാൻ ഭഗവാന്റെതാണ് താനും ഭഗവാന്റെ ആണെന്ന് വന്നു പോകുമ്പോ തന്റേത് എന്നൊരു സ്വതന്ത്ര ജീവിതമേ ഇല്ലാതായിപ്പോ അതാണ് അവിടെ കാമ്യകർമ്മ ബീജം പോലും ഇല്ലാന്നാണ് തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഒരു പ്രവൃത്തിയും ചെയ്യില്ല കാരണം ശരീരം താനല്ല ശരീരം തന്റെ ശരീരം തനിക്ക് വേണ്ടിയല്ല ദേഹം ഞാനല്ല ഈ ദേഹം ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം ല്ല ഈ ദേഹം ഭഗവാന്റെ ദേഹം എനിക്ക് വേണ്ടിയല്ല ദേഹം ഭഗവത് കൈങ്കര്യത്തിനായിക്കൊണ്ട് അഹങ്കാരം അസ്തമിച്ചു പോകും ഈ ഭക്തിയിൽ അസ്തമിച്ചു പോകും ഒരാളോടും ദ്വേഷമില്ല ശത്രുതയില്ല അങ്ങനെയാവുമ്പോ എന്താവും വ്യവഹരിക്കാനേ സാധ്യമല്ല രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും ഒരു ഗ്രാമത്തില് ഒരു സാധു വന്നു ആ സാധു ആ ഗ്രാമത്തിൽ വന്നപ്പോ അവിടെ വന്ന് രണ്ടു മൂന്ന് ദിവസം താമസിച്ച് ഒരു കാട്ടിലൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ പറഞ്ഞു സ്വാമി ഈ കാട്ടിലൂടെ പോവരുത് ഈ കാട്ടിൽ ഭയങ്കരമായൊരു പാമ്പുണ്ട് വിഷപ്പാമ്പ് ആ പാമ്പ് എത്രയോ പേരെ കടിച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും പേടിച്ച് ആ വഴിക്ക് പോവാറില്ല അതുകൊണ്ട് അങ്ങ് പോകരുത് മി പറഞ്ഞു സാരില്ല ഈ പാമ്പുകളെയൊക്കെ മെരുക്കാനുള്ളതൊക്കെ എനിക്കറിയാം പേടിക്കണ്ട ഈ സ്വാമി കാട്ടിലൂടെ യാത്രയായി കാട്ടിലൂടെ യാത്രയായി കുറച്ചു ദൂരം നടന്നതും ഭയങ്കരമായി ചീറ്റിക്കൊണ്ട് ഈ പാമ്പവിടെ വന്നു പാമ്പിനെ കണ്ടതും സ്വാമി അടുത്തെത്തിയതും സ്വാമി എന്തോ മന്ത്രം ജപിച്ചു ഈ പാമ്പ് അങ്ങനെ തണുത്ത് അടങ്ങിപ്പോയി സ്വാമി ആ പാമ്പിനെ എടുത്ത് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ എല്ലാരെയും കണ്ട് ഇങ്ങനെ കടിക്കാൻ പോകുന്നത് ഈ കർമ്മത്തിന്റെയൊക്കെ ഫലം തനിക്ക് അനുഭവിക്കേണ്ടി വരും ആരെയും ഉപദ്രവിക്കരുത് നമ്മൾ ആരെ ഉപദ്രവിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തനിക്ക് നന്മ ഞാൻ ഒരു മന്ത്രം ഉപദേശിച്ചു തരാം ഈ മന്ത്രം ജപിക്കാം ഈ കഥയെ നല്ലവണ്ണം വികസിച്ച് ഒരു നോവലാക്കിയിട്ട് സിസ്റ്റർ ഗാർഗി എന്ന് അമ്മ വലിയ നോവലാക്കി എഴുതിയിട്ടുണ്ട് ഈ കഥയെ ഈ പാമ്പിന് ഉപദേശം പാമ്പിന് സ്വാമി ഉപദേശിച്ചു കൊടുത്തു ഞാനൊരു മന്ത്രം ഉപദേശിച്ചു തരാം ഈ മന്ത്രം ജപിക്കൂ നിനക്ക് ഈശ്വര സാക്ഷാത്കാരവും ഉണ്ടാകും ആ പാമ്പിന് മന്ത്രോപദേശം ചെയ്തു കൊടുത്തു സ്വാമി പറഞ്ഞു ആരെയും ഉപദ്രവിക്കരുത് ഗുരുവിന്റെ ഉപദേശം ഈ മന്ത്രസിദ്ധി വരാതെ നനക്ക് മരണവും ഉണ്ടാവില്ല മാത്രല്ല ഇനിയൊരിക്കൽ കൂടെ നീ എന്നെ കാണും അതുകൊണ്ട് മന്ത്രം ജപിക്കൂ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും എന്നീ പാമ്പിന് ഉപദേശിച്ചു കൊടുത്ത് സ്വാമി പോയി ഈ പാമ്പ് അതോടെ വളരെ ശാന്തമായി കാട്ടിലൊരു ഗുഹയിലിരുന്ന് ജപിക്കാൻ തുടങ്ങി ഉണങ്ങിയ ഇലയൊക്കെ തിന്നും ചത്തുകിടക്കുന്ന വല്ല വസ്തുക്കൾ കണ്ട തിന്നും എലിയോ മറ്റു പ്രാണികളെയോ പിടിക്കുന്നത് നിർത്തി ആരെയും ഉപദ്രവിക്കാതായി കുറച്ചു ദിവസം ഈ പാമ്പിനെ കാണാതായപ്പോ നാട്ടിലുള്ള പിള്ളേരൊക്കെ പതുക്കെ നോക്കി ഈ പാമ്പ് എവിടെ പോയി ചത്തുവോ ഒരു വടിയെടുത്തുകൊണ്ട് പോയി അപ്പോ ഈ പാമ്പ് എഴഞ്ഞ എഴഞ്ഞ വയ്യാതെ മെലിഞ്ഞ് ചുളുങ്ങി കഴിഞ്ഞു അപ്പൊ അതിലൊരു പയ്യൻ പറഞ്ഞോടൊ ഈ പാമ്പിന് ശക്തിയൊക്കെ ക്ഷയിച്ചിരിക്കണു അത് ചാവാറായിരിക്കണു പേടിക്കൊന്നും വേണ്ട വരൂ എന്ന് പറഞ്ഞു പതുക്കെ രണ്ടുപേര് വന്നു വടികൊണ്ട് പാമ്പിനെ ഒന്ന് തല്ലി അപ്പോഴും ഈ പാമ്പ് ചീറ്റണില്ല പാമ്പ് ചീറ്റാത്തപ്പോ കൂടുതൽ ധൈര്യമായി മറ്റൊരു ചക്രൻ ചെന്നു പാമ്പിന്റെ വാല് പിടിച്ചു പൊക്കി പാമ്പിന്റെ വാലിൽ പിടിച്ചു പൊക്കി നല്ല വെണ്ണം ചുഴട്ടി നിലത്തടിച്ചു പലവട്ടം ഈ പാമ്പിനെ ഉപദ്രവിച്ചു എന്നിട്ടും ഈ പാമ്പിന് ഇവരോട് ഒരു വിരോധവും തോന്നിയില്ല പാമ്പ് പാവം ഞാൻ ഇവരെയൊക്കെ എത്ര ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമൊക്കെ ഞാൻ അനുഭവിക്കാണ് ഞാൻ അവരെ ഉപദ്രവിച്ചതിന് പകരം എനിക്കിതായിപ്പൊ കിട്ടുന്നു അവർ അജ്ഞാനം കൊണ്ടല്ലേ ചെയ്യണത് ഞാൻ മാറിക്കഴിഞ്ഞു എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവരെ ഞാൻ ഉപദ്രവിക്കരുത് യാതൊന്നും ചെയ്യരുത് ശാന്തമായി പാമ്പ് എഴിഞ്ഞ എഴിഞ്ഞു പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ സ്വാമി വന്നു ഇന്ന് ഗ്രാമത്തിൽ വന്നു ചോദിച്ചു ഇവിടുത്തെ ആ പാമ്പ് എവിടെ അവർ പറഞ്ഞു പോയാൽ ചത്തിട്ടുണ്ടാവും അന്ന് ഞങ്ങളൊക്കെ കൂടെ അടിച്ചു അപ്പൊ സ്വാമിക്ക് നല്ല ഉറപ്പ് ഇത് മരിക്കില്ല സ്വാമി അകത്ത് ചെന്ന് അതിനൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പേര് പറഞ്ഞ് വിളിച്ചു പേര് പറഞ്ഞ് വിളിച്ചപ്പോ ഈ പാമ്പ് എവിടുന്നോ പതുക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വന്നു തന്റെ ഗുരുവിനെ കാണാൻ അതിന്റെ മുഖം തന്നെ ശാന്തമായി സർപ്പത്തിന്റെ ഭാവമൊക്കെ പോയിരിക്കുന്നു അതിന് മന്ത്രസിദ്ധി ഏർപ്പെട്ടിരിക്കുന്നു സ്വാമി ആ പാമ്പിനെ എടുത്ത് നിനക്ക് എന്തു പറ്റി കുഞ്ഞേ ആ പാമ്പിന്റെ ഓർമ്മയിൽ എന്ത് പറ്റി എനിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ല മേലൊക്കെ മുറിവ് വീണിരിക്കുന്നുവല്ലോ ആ അത് പാവം അജ്ഞാനം കൊണ്ട് ആ കുട്ടികൾ എന്നെ ഞാൻ അവരെ എത്ര ഉപദ്രവിച്ചിട്ടുണ്ട് അജ്ഞാനം കൊണ്ട് ആ കുട്ടികൾ എന്നെ അതുകൊണ്ട് പറ്റിയതാണ് അവർക്കറിയില്ലല്ലോ അപ്പൊ ആ പാമ്പിനോട് ആ ഗുരു പറഞ്ഞു അത്രേ ശരി നീ തപസ് ചെയ്തു അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു പക്ഷേ ഇനി നീ ഇവിടെ ജീവിക്കുമ്പോ ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ളത് വാസ്തവാണ് മറ്റുള്ളവരെ കടിക്കരുത് പക്ഷെ ചീറ്റാമെന്നാണ് കടിക്കാൻ പാടില്ല പക്ഷെ ചീറ്റണം അല്ലെങ്കിൽ എന്താ അവര് തന്നെ വലിഞ്ഞു കയറി വന്ന് ഉപദ്രവിക്കും അതുകൊണ്ട് യു ക്യാൻ ഹിസ് യു നീഡ് നോട്ട് ബൈറ്റ് യു ക്യാൻ ഹിസ് വിഷമില്ലാതെ ദേഷ്യപ്പെടാതെ ചീറ്റിക്കോളുക അടുത്തു വരാതിരിക്കാനായിട്ട് തന്റെ സ്വഭാവം അവർ കണ്ടു ഭയന്നു പോയിക്കോളും തന്നെ ഉപദ്രവിക്കില്ല ഇത് വ്യവഹാര ധർമ്മം വ്യവഹാരത്തിൽ ഭക്തിയില് വ്യവഹരിക്കുമ്പോൾ ഭക്തന്മാർ പലവിധത്തിൽ ഏകനാഥസ്വാമിയും ഭക്തനായിരുന്നു തുക്കാറാമും ഭക്തനായിരുന്നു സമർത്ഥ രാമദാസും ഭക്തനായിരുന്നു ഏകനാഥ് സ്വാമി തുക്കാറോമൊക്കെ അവരെ സമൂഹത്തിൽ എല്ലാവരും ചവിട്ടി എല്ലാവരും ഉപദ്രവിച്ചു പല വിധത്തിലും സമർത്ഥരാമദാസിനെ ആരും ഉപദ്രവിക്കാൻ പറ്റില്ല ഉപദ്രവിച്ചവരെ അവരിട്ട് അദ്ദേഹത്തെ തുള്ളിപ്പിക്കും എന്താ കുറച്ച് രജോഗുണവും ചേർത്തിയാണ് ജീവിച്ചത് കയ്യിലൊരു യോഗതണ്ട് യോഗതണ്ടിനുള്ളിൽ വാള് അങ്ങനെ ഒരു ഭക്തൻ ഏകനാഥ് സ്വാമിയെ പലവട്ടം അവിടുത്തെ സമൂഹത്തിലുള്ള ബ്രാഹ്മണര് പല കർമ്മങ്ങളും ചെയ്യിപ്പിച്ച് പണം നേടിയിട്ടുണ്ട് സമർത്ഥ രാമദാസിനോടും ഒരിക്കെ പറഞ്ഞു സമർത്ഥരാമദാസ് ഇവരുടെ മുമ്പില് ഒരു കവണയും വെച്ചുകൊണ്ട് ഉള്ള പക്ഷികളെയൊക്കെ അടിച്ചടിച്ച് ചുവട്ടലിട്ടുകൊണ്ട് പോകും ഒരു അമ്പും വില്ലും വെച്ചുകൊണ്ട് പക്ഷികളെയൊക്കെ അപ്പോ അവിടെ കണ്ട ലോക്കൽ ആയിട്ടുള്ള ബ്രാഹ്മണരെ നല്ല ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് രാജാവിന്റെ ഗുരുവാണെന്നും പറഞ്ഞ് നടക്കണു എന്നിട്ട് പക്ഷികളെയൊക്കെ അടിച്ചടിച്ച് ചുവട്ടിലിട എത്ര വലിയ പാപം അപ്പൊ രാംദാസ് ചോദിച്ചു അത്രേ ഓ പാപമാണോ അതെ പാപത്തിന് പ്രായശ്ചിത്വം ചെയ്താൽ പാപം പോകും പ്രായശ്ചിത്തം എന്താ സ്വർണം കൊണ്ട് കിളി ഉണ്ടാക്കി തരണം ഓ ആവട്ടെ രാജാവ് തരും നിങ്ങളെനിക്ക് പ്രായശ്ചിത്തം ചെയ്യൂ ഏതോ ഗോദാവരി നദിയിൽ പ്രായശ്ചിത്വമൊക്കെ ചെയ്തു സമർത്ഥ രാമദാസിൽ ഈ കിളിയെ കൊന്ന പാപം പോവാനായിട്ട് പ്രായശ്ചിത്തം ചെയ്തു സമർത്ഥ രാമദാസ് രാംദാസ്വാമിക്ക് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞപ്പോൾ രാമദാസ്വാമി അവരോട് ചോദിച്ചു പ്രായശ്ചിത്തം ചെയ്തുവല്ലോ കിളിയൊന്നും പറന്നില്ലല്ലോ ആ പ്രായശ്ചിത്തം പാപമൊക്കെ പോയി പക്ഷെ കിളിയൊന്നും പറക്കില്ല പാപം പോയാൽ കിളി പറക്കണ്ടേ പാപം പോയി പക്ഷെ കിളിയൊന്നും പറക്കില്ല എന്നാ എനിക്ക് വിശ്വാസമില്ല പാപം പോയി കിളി പറക്കണം ഞാൻ വേറെ വിധത്തിൽ കിളിയെ പറപ്പിച്ചോളാം അദ്ദേഹം ശ്രീറാം ജയറാം ജയ ജയറാം നാമം ജപിച്ചു ഇത്ര കിളി ഓരോന്നായി പടപടാന്ന് ഓരോരുത്തരായി വീണ് നമസ്കരിക്കാൻ സിദ്ധികളൊക്കെ കാണിച്ചാൽ ലോകത്തിലുള്ളവരൊക്കെ അടങ്ങണം അല്ലേ പക്ഷെ ഉത്തമ ഭക്തന്മാര് പലപ്പോഴും സിദ്ധികളിലോ യാതൊന്നിലും പെട്ടുപോവില്ല യാതൊരു വ്യവഹാരത്തിലും അവര് അഹങ്കാരം ഉദിക്കാൻ അനുവദിക്കില്ല എത്ര ദുഃഖം അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ തന്നെയാണെങ്കിലും അവർക്ക് ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് വ്യവഹാരം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നുപോകും കർമ്മമൊക്കെ കൊഴിഞ്ഞുപോയ സ്ഥിതി അവർക്ക് യാതൊരു കർമ്മത്തിലും ആസക്തിയില്ല നയസ്യ സ്വഹ പറ തന്റേത് എന്നുള്ളതില്ല മറ്റുള്ളവരുടേത് എന്നില്ല ശരീരമേ താൻ എന്നുള്ള ഭാവം അല്പവും അവർക്കില്ല ദേഹം ഭഗവാന്റെ കയ്യിൽ വരും ഒരു യന്ത്രം ഭഗവത് കൈങ്കര്യത്തിനാണെന്നുള്ള ഭാവമാണ് മൂന്ന് ലോകത്തിനുള്ള സകല സമ്പത്തും അവർക്ക് കൊണ്ടു കൊടുത്താലും ആ ഭക്തി സാധനയിൽ നിന്നും ഭഗവത് അനുഭൂതിയിൽ നിന്നും ഒരു ലവനേരം പോലും ചുവട്ടിലേക്ക് ഇറങ്ങി വരില്ല ത്രിഭുവന വിഭവ ഹേതവേപി അകുണ്ഠസ്മൃതി അജിതാത്മസുരാതി വിമൃഗ്യാത് നഗവത് പദാരവിന്ദാത് ലവനിമിഷ അർദ്ധം അഭി യസ് വൈഷ്ണവഗ്രഹ ലവനിമിഷാർദ്ധം ഒരു ക്ഷണനേരം പോലും നിങ്ങൾ ഭഗവാനെ മറക്കുകയാണെങ്കിൽ ത്രിഭുവനത്തിലുള്ള എല്ലാ വിഭവങ്ങളും കൊണ്ടു പറഞ്ഞാൽ പോലും വേണ്ട നിധിശാല സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാ നിജമുഖ വൽകു ഇന്നലെ പറഞ്ഞുവല്ലോ സമ്പത്തിൽ എന്തുണ്ട് ഈ സമ്പത്ത് എന്തിനു കൊള്ളാം എത്ര പണം കിട്ടിയാലും ഈ പണമൊക്കെ എത്ര ദിവസത്തേക്ക് നിൽക്കും ത്രിഭുവന വിഭവഹേതവേപി ഒരു ഭാഗവതക്കാരൻ പരമഭക്തൻ അദ്ദേഹം എല്ലായിടത്തും പോയി പ്രഭാഷണം ചെയ്യും പ്രഭാഷണം ചെയ്ത് ആളുകൾ അദ്ദേഹത്തിന് വസ്ത്രമായിട്ടും ധാന്യമായിട്ടും പല വിധത്തിലുള്ള സംഭാവനകൾ കൊടുക്കും ഇദ്ദേഹം എല്ലാം വാങ്ങിക്കും ഇത് ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാലോ വീട് പരമദരിദ്രമായിട്ടിരിക്കും ഇദ്ദേഹത്തിന് ഓരോ ഇടത്ത് പ്രഭാഷണത്തിന് പോകുമ്പോഴും കിട്ടുന്നുണ്ട് ഇദ്ദേഹം കൊടുക്കുന്നതും കാണാനില്ല ഇതൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യണു അദ്ദേഹം ഓരോ ഇടത്തും പ്രഭാഷണം ആരോടും വേണ്ടെന്ന് പറഞ്ഞു എന്ത് തന്നാലും അതൊക്കെ വാങ്ങിച്ചു വെക്ക അദ്ദേഹം ആരോടും ചോദിക്കണമില്ല ഇയാള് ഓരോ സ്ഥലത്തും പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗ്രാമം കഴിഞ്ഞുള്ള ബൗണ്ടറിയിൽ വലിയൊരു കുഴി വെട്ടി ആ കുഴിയിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ട് മണ്ണിട്ട ഒരു മൂട് എന്താ സ്വാമി ഇങ്ങനെ ചെയ്യണത് ഞാൻ ഇതൊക്കെ വാങ്ങിക്ക് വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അദ്ദേഹം വലിയ മഹാത്മാവാണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പേരാവും ഞാൻ വാങ്ങിച്ച് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം തരും എന്ന് പറഞ്ഞ് ദാരി ദരിദ്രന്മാരായിട്ടുള്ളവർ എന്റെ അടുത്ത് ഇല്ലാത്ത സമയത്തും വന്ന് ചോദിക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമം അപ്പൊ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വരേണ്ടിടത്തേക്കും പോയി പിന്നെ ചോദിക്കേണ്ടി വരും അത് വലിയ വ്യവഹാരമായിട്ട് തീരും ഇതിപ്പോ ഈ വ്യവഹാരമൊന്നും വേണ്ട ഇവിടെ മണ്ണാങ്കട്ടയും സമലോഷ്ട അശ്മനഹ മണ്ണും സ്വർണവും ഇരുമ്പും പണവും എല്ലാം സമം എന്ന് കാണുന്നതാണ് ഭക്തന്റെ ലക്ഷണം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ വാങ്ങിക്കണു വാങ്ങിച്ച ഒരിടത്ത് കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് അത്തരത്തിലൊരു ഭക്തൻ ഭക്തന്റെ ലക്ഷണം ഒരിക്കൽ ഒരാൾ ഭാഗവതം പറയുന്ന ആള് രാജാവിന്റെ അടുത്ത് ചെന്ന് ഭാഗവതം പറഞ്ഞാൽ തനിക്ക് വലതും കിട്ടും പരമ ദാരിദ്ര്യം വീട്ടിൽ ആരോ പറഞ്ഞു രാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്ക രാജാവ് ഭാഗവതം കേൾക്കുന്നതിൽ വളരെ രുചിയുള്ള രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തരാം രാജാവ് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എനിക്ക് ഭാഗവതം കേൾക്കുകയേ വേണ്ട ഇഭക്തന് വ വലിയ വിഷമായി ശാദ്യം നിങ്ങൾ ഭാഗവതം പഠിക്കൂ എന്നിട്ടാവാം ഇയാള് വീട്ടിൽ ചെന്നു തനിക്ക് ഭാഗവതം പഠിച്ചത് പോരാ അതുകൊണ്ട് ഇനിയും ധാരാളം കുറെ വ്യാഖ്യാനങ്ങളും ഭാഷ്യങ്ങളും ഒക്കെ പഠിച്ച് വീണ്ടും രാജാവിന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ ധാരാളം ഭാഷ്യങ്ങളൊക്കെ പഠിച്ചു നിങ്ങൾക്ക് ഭാഗവതം നിങ്ങളുടെ ഭാഗവതം എനിക്ക് ഇനിയും കേൾക്കണ്ട ഒന്നുകൂടെ പഠിക്കൂ ഇങ്ങനെ പലവട്ടം രാജാവ് തിരിച്ചയച്ചു അവസാനം ഈ ഭാഗവതകാരൻ ഒരിടത്തും ഭാഗവതം പറയാൻ പോവാതായി ഒരിടത്തിരുന്ന് സ്വയം താനേ വായിക്കാൻ തുടങ്ങി വായിച്ചു വായിച്ച് വായിച്ച് രമിച്ച് രമിച്ച് രമിച്ച് അതിൽ ഭക്തിയിൽ ഊറി ഇനി ഒരിടത്തും ഭാഗവതം ആര് വിളിച്ചാലും പോകുന്നില്ല ഈ ഭാഗവതത്തിലെ രുചി ഭക്തിയിലെ രുചി എന്ന് രാജാവ് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു കാണാൻ വന്നപ്പോ രാജാവ് വന്നിരിക്കണു എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല രാജാവ് മുമ്പിൽ ചെന്നു നമസ്കരിച്ചിട്ടിരുന്നു അപ്പോഴും നോക്കിയില്ല എല്ലാവരുടെ അടുത്തും ഭാഗവതം പറയുന്ന പോലെ രാജാവിന്റെ അടുത്തും പറഞ്ഞു രാജാവിനോട് പ്രത്യേകിച്ച് ഒന്നും വർത്തമാനം പറഞ്ഞില്ല രാജാവ് എഴുന്നേറ്റ് പോയി പോകുമ്പോൾ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രി ചോദിച്ചു ഇയാള് അതിനു മുമ്പ് ഒന്ന് ഭാഗവതം പറയാം പലവട്ടം വന്നപ്പോഴൊക്കെ അങ്ങ് ഇയാളെ തിരിച്ചയച്ചു ഇപ്പൊ പരമഭക്തിയോടെ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നു എന്താ കാരണം രാജാവ് പറഞ്ഞു ഭാഗവതം ശരിക്കും മനസ്സിലാക്കിയവൻ നിഷ്കിഞ്ചനൻ അയാൾക്ക് ആരുടെ മുമ്പിലും അയാളെ തലകുനിക്കുകയോ കൈനീട്ടുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല ഇയാൾ എന്റെ അടുത്ത് വന്ന് നിങ്ങൾ വലിവേ വന്ന് ഭാഗവതം പറയാമെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് എന്തോ കിട്ടാനുള്ള കാമനയാണെന്ന് എനിക്ക് അറിഞ്ഞു അതുകൊണ്ട് ഇയാൾ ഭാഗവതം മനസ്സിലാക്കിയില്ല ഇപ്പോ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി നമസ്കരിച്ചപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം നമസ്കരിച്ചപ്പോഴും പലവട്ടം പോയപ്പോഴും ഞാൻ രാജാവാണെന്നോ പ്രത്യേക ഒരു ഭാവവും കാണിച്ചില്ല ഇയാൾ ഭക്തിയിലെ രമിച്ചിരിക്കുന്നു ഇപ്പൊ ഇവന് ഭാഗവതം മനസ്സിലായിട്ടുണ്ട് അപ്പോ ഭക്തന് ഒന്നിനോടും പ്രത്യേക വസ്തുക്കളോടോ വ്യക്തികളോടോ യാതൊരു ഭാവവും എന്നാണ് ത്രിഭുവന വിഭവഹേദവേ മൂന്ന് ലോകത്തിലുള്ള വിഭവങ്ങളും കിട്ടിയാലും ചലതി ഭഗവത് പദാരബിന് ലവനിമിഷ അർദ്ധം അപീയ സ ഭഗവത ഉരുവിക്രമാഘ്രി ശാഖാ നഖ മണിചന്ദ്രിഗയാരസ്താപേ ഹൃദ കഥം ഉപസീതതാ പ്രഭവതി ചന്ദ്രയി ബോധിത് അർക്കാപ വിസൃജതി ഹൃദയ സാക്ഷാത് ഹരി അവ അഘോ ഘനാശ പ്രണയരസനയാൃതാംഗ്രി പത്മവതി ഭാഗവത പ്രധാന ഉക്ത ഭഗവാൻ ഈ ഭക്തന്റെ ഹൃദയത്തിനെ വിട്ടുമാറുന്നേയില്ല ഭഗവാൻ എങ്ങനെ വിട്ടുമാറും भगवान വിട്ടുമാറാൻ പറ്റുമോ ഇയാൾക്ക് ഭഗവാൻ ആരുടെ ഹൃദയത്തില ഇല്ലാത്തത് എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട് ആരുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടോ അവിടെ സന്നിധാനമുണ്ട് സാന്നിധ്യമുണ്ട് ഭഗവാന്റെ ഈ ഭക്തൻ ഭഗവാനെ പ്രേമമാവുന്ന പട്ടുനൂലുകൊണ്ട് ഹൃദയത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു പ്രണയരസനയാധൃതാം ഘരിപത്മ സഭവതി ഭാഗവത പ്രധാനമുക്താം േമമാവുന്ന പട്ടുനൂല് കൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു ഭഗവാന് വിചാരിച്ചാലും ഇവന്റെ ഹൃദയം വിട്ടു പോവാൻ വയ്യാൽ ഭഗവത് അനുഭൂതി എപ്പോഴും ഉണ്ടെന്നർത്ഥം അത് കാവ്യാത്മകമായി പറഞ്ഞു അത്രയുള്ളൂ ഇയാൾക്ക് ഭഗവാനെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഭാവമേ ഇല്ല സദാ ഈശ്വരാനുഭവം ഹൃദയത്തില് അയാൾക്ക് അനുഷ്ഠാനങ്ങളൊന്നും നിൽക്കില്ല അതാണ് വർണ്ണാശ്രമ ജാതി ബിഹി ആ കർമ്മങ്ങളൊക്കെ വിട്ടുപോയി കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഏഴ് കവികൾ ഏഴരക്കവികൾ ഉണ്ടായിരുന്നു ഏഴ് സംസ്കൃതം കവികളും ഒരാള് പൂനം നമ്പൂതിരി മലയാളം കവി ആയതുകൊണ്ട് അരക്കവി എത്ര ആ സമയത്ത് തഞ്ചാവൂരിൽ നിന്നും ഒരു ബ്രാഹ്മണൻ ഉദ്ദണ്ഡശാസ്ത്രികൾ അവിടെ വന്ന് ഇവരെയൊക്കെ വാദത്തിൽ തോൽപ്പിച്ചു നല്ല പാണ്ഡിത്യവും അതിനനുസരിച്ചുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നു അപ്പൊ ഉദ്ദണ്ഡശാസ്ത്രികളെ ജയിക്കണം എന്ന് കരുതി ഇവര് ദേവിയെ ഉപാസിച്ച് ആരാധിച്ച് അതിൽ ജനിച്ച ഒരു കുട്ടിയാണ് കാക്കശ്ശേരി ഭട്ടതിരി കാക്കശ്ശേരി ഭട്ടതിരിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ജ്ഞാനം ഉദിച്ചു ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഞാനം ഉദിച്ചു ഉദ്ദണ്ഡശാസ്ത്രികളെ വാദത്തിന് വിളിച്ചു ഉദ്ദണ്ഡശാസ്ത്രികൾ വലിയ ആള് ആറടി പൊക്കം നല്ല ശരീരം കഴുത്തിൽ സ്വർണ പതൊക്കമൊക്കെ ഇട്ട് കൈയിൽ കങ്കണവും കയ്യിലൊക്കെ മോതിരവും ഒക്കെ ധരിച്ച് ഗംഭീര ആകൃതി ഇത് ചെറിയ കുട്ടി തോർത്തം കൊണ്ട് എടുത്ത് ചെറിയ കുട്ടി ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഈ കുട്ടിയെ കണ്ടോന്നെ അയേ ആകാരോ ഹ്രസ്വ ആകാരം ഹ്രസ്വമാണല്ലോ അപ്പൊ ഈ കുട്ടി പറഞ്ഞു അത്ര നഹി നഹി അല്ലാ അല്ലാ ആകാരോ ദീർഘ അകാരോ ഹ്രസ്വ എന്ന് ആകാരം ദീർഘമാണ് അകാരമാണ് ഹ്രസ്വ അവിടെ തന്നെ തെറ്റി അതേ തെറ്റി ആദ്യത്തെ വാദം തന്നെ തെറ്റി ആകാരോ ദീർഘ അകാരോ ഹ്രസ്വ എന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ ഉദ്ദണ്ഡശാസ്ത്രികളോട് വാദം നടത്തി അദ്ദേഹത്തിന്റെ ശ്ലോകമാണത് ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അംബായ തത്സ്മരണാത് കിംകുരു ബ്രഹ്മാദീന പി ഇത് കാക്കശ്ശേരി വട്ടത്തിരി ശ്ലോകമാണ് ആപത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു സ്മരണീയം ചരണയുഗളം അംബായാഹ അംബികയുടെ ചരണയുഗളത്തിനെ സ്മരിക്കണം അത് സ്മരിച്ചാൽ എന്ത് സംഭവിക്കും തത് സ്മരണാത് കിം കുരുതേ അങ്ങനെ ദേവിയെ സ്മരിച്ചത് എന്തു പ്രയോജനം ബ്രഹ്മാദീനപി കിങ്കരീകരോത്തി ബ്രഹ്മാതി ദേവന്മാർ പോലും കിങ്കരന്മാരായിട്ട് തീരും ഈ കാക്കശ്ശേരി ഭട്ടത്തിരി ഒരു ഘട്ടത്തില് സന്ധ്യാവന്തനവും ഇല്ല അനുഷ്ഠാനങ്ങളും ഇല്ല പുളിയുമില്ല വസ്ത്രം നേരെ ചോ ഉടുക്കലുമില്ല ഒരു കൊളക്കരയിൽ യാതൊന്നുമില്ലാതെ കണ്മിഴിച്ചിരിക്കും ശരീരപ്രതിജ്ഞയല്ല അപ്പൊ നമ്പൂരിമാർ ചോദിക്കുക എന്താ ബട്ടേരി സന്ധ്യാവന്തനം കഴിക്കണില്ലേ സൂര്യൻ അസ്തമിക്കാറായി എവിടെ സൂര്യൻ അസ്തമിക്കുന്നു സൂര്യൻ അസ്തമിക്കാറായി കാക്കശ്ശേരി ബട്ടേരി പറഞ്ഞു എവിടെ സൂര്യൻ അസ്തമിക്കുന്നു സൂര്യൻ ഒന്നിൽ ഉദിക്കണം അല്ലെങ്കിൽ അസ്തമിക്കണം അപ്പോഴാണ് സന്ധ്യാവന്തനം എനിക്കാവട്ടെ സൂര്യൻ ഉദിക്കണമില്ല അസ്തമിക്കണമില്ല ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയൗ നസ്ത കഥം സന്ധ്യാമുപാസ്മഹേ ഹൃദയമാവുന്ന ആകാശത്തിൽ ബോധമാവുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എങ്ങനെ സന്ധ്യാവന്തനം ചെയ്യും മറ്റ് കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പെറ്റബലയോ ശത്തമലയോ ഉണ്ടെങ്കിൽ പറ്റില്ല മരണത്തിന്റെ അശുദ്ധിയോ ജനനത്തിന്റെ അശുദ്ധിയോ നമുക്കുണ്ടല്ലോ ആശൌചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റില്ല എനിക്ക് രണ്ടു ഉണ്ടെന്നാണ് മരണവും ഉണ്ട് ജനനവും നടന്നിരിക്കണു എന്റെ വീട്ടില് എന്താ മൃതാ മോഹമയീ ബാത അജ്ഞാനമാവുന്ന അമ്മ മരിച്ചു ജാതഹ ബോധമയോ ശിശുഹു ജ്ഞാനമാവുന്ന കുട്ടി ജനിച്ചു അപ്പോ മരണത്തിന്റെ ആശൌജമുണ്ട് ജനനത്തിന്റെ ആശൌർജമുണ്ട് അതുകൊണ്ട് കർമാനുഷ്ഠാനങ്ങളൊന്നും പറ്റില്ല എന്നാണ് എന്നുവെച്ചാൽ എല്ലാം വിട്ടുപോയി നേരത്തെ എല്ലാ കർമാനുഷ്ഠാനങ്ങളും വിട്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നുപോയി എല്ലാം മറന്ന സ്ഥിതിയായിത്തീർന്നു സദാ സമയം ധ്യാനം ഭഗവത് ധ്യാനം അവർക്ക് കൈക്കൂടിയിരിക്കുന്നു ഭഗവാനെ മറക്കാൻ അവർക്ക് സാധ്യമല്ല കാരണം ഭഗവാൻ ആത്മാവായി പ്രകാശിച്ചാൽ മറവിയും ഓർമ്മിക്കലും ഒന്നുമില്ല നമ്മളിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ ഓർമ്മിക്കലും മറവിയുമൊക്കെ ഉള്ളു അല്ലേ നിങ്ങളെ ആരെങ്കിലും ആണെങ്കിൽ മറവിക്കോ ഓർമ്മിക്കോ ചെയ്യാം എന്നെ ഓർമ്മിക്കോ മറക്കാനോ പറ്റുമോ എനിക്ക് ഞാൻ എന്നെ തന്നെ മറക്കുവോ എന്നെ ഞാൻ കുറെ നേരമായി മറന്നിട്ട് ഇപ്പോ എന്ന് പറയുമോ സ്വാമി രാമതീർത്ഥൻ ഗൃഹസ്ഥനായിരുന്നു പിന്നീട് സന്യാസമെടുത്ത് പരിവരാജകനായി ബ്രഹ്മനിഷ്ഠനായിരിക്കുമ്പോൾ രാമതീർത്ഥസ്വാമികളെ കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പത്നി കണ്ട് ചോദിച്ചു എന്നെ അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സ്വാമി പറഞ്ഞു ഇല്ല അവർക്ക് വിഷമായി പിന്നീട് സ്വാമി പറഞ്ഞു അവനവനെ എന്തിനു ഓർക്കണം അവനവനെ മറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ആത്മാവനെ മറന്നാലല്ലേ ഓർക്കാൻ എല്ലാം ആത്മസ്വരൂപമായിരിക്കുമ്പോൾ മറവി എവിടെ ഓർക്കൽ എവിടെ സ്മൃതി അപോഹനം ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല മെമ്മറിയുടെ പ്ലെയിനൊക്കെ ബ്രെയിനിലാണ് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമേ ഭഗവത് സ്വരൂപമായി പ്രകാശിച്ചു എന്നാൽ പിന്നെ അതിനെങ്ങനെ മറക്കും വിസൃജദിനൃദയം യസ് എങ്ങനെ ഭഗവാൻ നമ്മളെ വിട്ടു ഭഗവാൻ എന്റെ ഉള്ളിൽ എന്റെ തന്നെ സ്വരൂപമായി പ്രകാശിച്ചാൽ ഈശ്വരൻ എവിടെ വിട്ടുപോകും ഈശ്വരനെ എന്റെ അന്തരാത്മാവായി എന്റെ സ്വരൂപമായി കാണുമ്പോൾ ഭഗവാനെ എനിക്ക് നഷ്ടമാവുകയേയില്ല ഭഗവാനെ ആത്മാവായി കാണുന്നവരെ പുറമെ പലയിടത്തും കാണും അമ്പലങ്ങളിലും അവിടെയും ഇവിടെയുമൊക്കെ ഭജന ചെയ്തുകൊണ്ട് നടക്കും എല്ലാത്തിന്റെ അവസാനം ഭഗവാൻ എന്നിൽ തന്നെ ചിദാനന്ദ സ്വരൂപമായി ചൈതന്യമായി ചിത്സ്വരൂപമായി ഹൃദയത്തിൽ പ്രകാശിച്ചാൽ ഭഗവാനെ ഓർമ്മിക്കാനും പറ്റില്ല പറ്റില്ല ഓർമ്മിക്കൽ മറക്കൽ എന്നുള്ളതൊക്കെ നമ്മളിൽ നിന്ന് അന്യമായ വസ്തുക്കളെ സംബന്ധിച്ചുള്ളതാണ് നമ്മളുടെ സ്വസ്വരൂപത്തിനെ ഓർമ്മിക്കലുമില്ല മറക്കലുമില്ല അത് സദാ അനുഭവത്തിൽ എങ്ങനെ ഓർമ്മിക്കും എങ്ങനെ മറക്കും മറന്നാലല്ലേ ഓർമ്മിക്കാൻ ഓർമ്മ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അനുഭൂത വിഷയ അസംപ്രമോഷ സ്മൃതിഹി എന്നാണ് അനുഭൂത വിഷയത്തിനെ വിട്ടുകളയാതെ വെച്ചുകൊണ്ട് വേണ്ടപ്പോ പൊക്കിക്കൊണ്ടുവരുന്നതിനാണ് ഓർമ്മ എന്ന് പറയാം എപ്പോഴും അനുഭവത്തിലേ ഇരിക്കുന്ന വിഷയത്തിനെ വിട്ടുകളഞ്ഞാലല്ലേ കൊണ്ടുവരാൻ അത് വരുന്നു പോകുന്നുമില്ല സദാ നമ്മളിൽ എന്നിൽ ഞാനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നിൽ എന്റെ സ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തി ആരംഭിക്കുമ്പോൾ ഞാൻ വേറെ ഭഗവാൻ വേറെ ഭഗവാന്റെ അടുത്ത് ഈ ഭക്തൻ ഭക്തി ചെയ്ത് ചെല്ലുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഈ ഭക്തനെ എടുത്ത് വിഴുങ്ങിക്കളയും അപ്പോ ഭക്തൻ ഇല്ല ഭഗവാൻ അവിടെ നിന്ന് ഭഗവാൻ എന്നുള്ള രീതിയിൽ പോയി അഖണ്ഡാകാര വസ്തുവായി ജ്വലിച്ചു നിൽക്കും അതാണ് ഇവിടെ ഭാഗവത ഉത്തമൻ എന്ന് പറഞ്ഞത് അവിടെ ജീവനുമില്ല ജീവനിൽ നിന്ന് അന്യമായൊരീശ്വരനുമില്ല മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്ര ധനം സ്വപ്നാദിയിൽ കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ െന്നും ഈശ്വരനെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ ഉണ്ട് മഹാമോഹം നിമിത്തം അത് പോകും പ്രകാരം തേതസ്സിലാകെ ഹരിനാരായണായ നമ ഞാൻ വേറെ ഈശ്വരൻ വേറെ അജ്ഞാനം അജ്ഞാനം അജ്ഞാനത്തിന് ഞാൻ എന്നു പ്രത്യേക ഒരു അഹങ്കാരമായി അജ്ഞാനം പൊന്തി ഉള്ളിൽ കാണപ്പെടുന്നു എന്നിട്ട് ഈ അഹങ്കാരം എന്തു ചെയ്യുന്നു തന്നെ ഒരു ഭഗവാന്റെ സേവകനായോ ഭക്തനായോ ധരിച്ച് അന്വേഷിക്കുന്നു പക്വപ്പെട്ട് പക്വപ്പെട്ട് അക്വോ പക്വപ്പെട്ട് അടുത്ത് ചെല്ലുമ്പോ ഭഗവാൻ ജീവനെ അടുത്ത് വിഴുങ്ങിക്കളയും നദി സമുദ്രത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ സമുദ്രം നദിയെ വിഴുങ്ങിക്കളയും ദൈവമെന്റ് ഉന്നൈ ശാരവേ എന്നെ രമണ മഹർഷി പറയുന്നു അരുണാചലത്തിലേക്ക് വരുമ്പോ മധുരയിൽ തന്റെ വീട്ടിൽ എഴുത്തെഴുതി വെച്ചു ഞാൻ എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവാണ് ഇത് അച്ഛന്റെ ആജ്ഞയനുസരിച്ച് അച്ഛൻ എന്ന് വെച്ചാൽ പരമേശ്വരന്റെ ആജ്ഞയനുസരിച്ച് പോവാണ് എന്നെ അന്വേഷിക്കേണ്ട എന്ന് എഴുതി വെച്ചിട്ട് മധുരയിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് ഓടി വന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോ മുതൽ തന്റെ ഉള്ളിൽ ആ അരുണാചല സ്മൃതി ഉണ്ടായിരുന്നു അരുണാചല അഷ്ടകം എന്ന കൃതിയിൽ മഹർഷി തന്നെ ഓട്ടോബയോഗ്രഫി പോലെ തന്റെ കഥ പറഞ്ഞിട്ടുണ്ട് അറിവറും ഗിരിയന അമർത റൂമ അതിശയം ഈ തൻ ശയൽ അറിവറിതാർക്കും അറിവറും ശിരുവയതുമുതൽ അരുണാചലം മികപ്പെരിതന അറിവിനില അരികിലൻ അതൻപൊരു അതു തിരുവണ്ണാമല ഒരുവരാൾ അറിവുറപ്പെട്ടും അറിവിനെ മരുളുരുത്തറുകിനിലിർക്ക അറുകുറും അമയമിതമാക്കണ്ടേൻ ഈ പർവ്വതം അരുണാചലം പർവ്വതം തന്നെ അവിടെ ഈശ്വര സ്വരൂപം ആ പർവ്വതത്തിനെ അത് അരുണാചലം ഈശ്വരൻ ഒരു സ്ഥലമാണോ ഒന്നും അറിയില്ല പക്ഷെ കുട്ടിക്കാലം മുതൽ ഉള്ളിൽ ആ സ്മൃതി ഉണ്ടായിരുന്നു പിന്നീടാണ് അത് തിരുവണ്ണാമലയാണെന്ന് കേട്ടതും അരുണാചലത്തിലേക്ക് ഓടി വന്നതും ഓടി വന്നപ്പോ അദ്ദേഹം പറയുന്നു അച്ചലമാക്കണ്ടേനെല്ലാം നിശ്ചലമായി നിൽക്കുന്നതും കണ്ടു രണ്ടർത്ഥം പർവ്വതമായി കണ്ടു എന്നൊരർത്ഥം എല്ലാം നിശ്ചലമായി നിൽക്കുന്നത് കണ്ടു എന്നാണ് അവിടെ വന്ന ഉടനെ മഹർഷി പറയുന്നു ദൈവം എന്ന് കരുതി വന്നു എന്നാണ് ദൈവം എന്ന് കരുതി അടുത്തു വന്നപ്പോ ദൈവമെന്റുകുന്ന ഈ ശാരവേ എന്നെറെ ഒഴിത്തായ അരുണാചല ഞാൻ അടുത്തെത്തിയതും എന്നെ അല്പം പോലും ബാക്കി വെക്കാതെ അവശേഷിപ്പിക്കാതെ ഇല്ലാതാക്കി തീർത്തു ഭഗവാനെ അനുഭവിക്കണം എന്ന് പറഞ്ഞു ഒരു ജീവൻ വരുന്നു ഈ ജീവനെ ഭഗവാൻ എടുത്ത് വിഴുങ്ങിക്കളയും ഭക്തി ഊറി ഊറി ഊറി ഭക്തൻ ഭക്തിയിൽ ഇല്ലാതായിട്ട് തീരുന്നു ഒരു ഉപ്പുഭാവ സമുദ്രത്തിന്റെ ആളം ആഴം എത്രയുണ്ടെന്ന് അളക്കാൻ പോയി തിരിച്ചുവെന്ന് റിപ്പോർട്ട് തരുവോ ഉപ്പു ഒരു ബൊമ്മ ഒരു പാവ സമുദ്രത്തിന് എത്ര ആഴമുണ്ടോ എന്ന് നോക്കാനായിട്ട് പോയി തിരിച്ചു വരുവോ അതുപോലെ ഭഗവാനെ അറിയാനായി ചെല്ലുന്ന ജീവൻ അത് തിരിച്ചു വരില്ല അത് പോയി അത് ഭഗവാനിൽ പോയി തന്റെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി തീർക്കുന്നു ഭഗവത് രുചി ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിലെ വിഷയങ്ങൾ രുചിക്കുവോ രുചിക്കില്ല വിഷയങ്ങളിൽ ധാരാളം രുചിയുണ്ടെങ്കിൽ ഭഗവാൻ രുചിക്കുവോ ഒരു ഉറുമ്പ് ആ ഉറുമ്പ് പഞ്ചസാര കൂനയില് താമസിക്കുന്നു അതിന്റെ ആഹാരം പഞ്ചസാര മധുരം ഒരു ദിവസം ഈ എറുമ്പ് ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് പോയപ്പോ മറ്റൊരു ഉറുമ്പിനെ കണ്ടു ആ ഉറുമ്പ് രണ്ടുപേരും കൂടെ കണ്ട് സംസാരിച്ചു നീ എവിടെയാ താമസിക്കണത് ചോദിച്ചു ഞാൻ ഒരു ഉപ്പ് കൊണ്ടുള്ള ഒരു കൂനയിലാണ് താമസിക്കണത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഉറുമ്പിന് ആഗ്രഹം ആ ഉപ്പ് എങ്ങനെയുണ്ടാവും നോക്കാം ആ ഉറുമ്പിന്റെ കൂടെ പോയി ഒരു പൊട്ട ഒപ്പ് ഈ ഉറുമ്പിന്റെ വായിൽ വെച്ചു അയ്യേ തുപ്പി ഉറുമ്പ് ഇതാണ് നീ തിന്ന് ജീവിക്കുന്നത് മധുരമായ അവിടെ ഒരു വസ്തു കൊണ്ട് നിനക്ക് വന്നാൽ ആസ്വദിക്കാം എന്റെ കൂടെ വരൂ ഇതിനേക്കാളും മധുരമായിരിക്കോ ഇതിനേക്കാളും അതെങ്ങനെ ഉണ്ടാവും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിനോട് കമ്പയർ ചെയ്യാനേ വയ്യ നീ വരൂ ആട്ടെ എന്ന് പറഞ്ഞ് മറ്റേ ഉറുമ്പ് അവിടെ പോയി ഈ ഉറുമ്പിന്റെ കൂടെ പുറപ്പെട്ടു പോയി പഞ്ചസാര കൂനയിൽ എത്തി ഈ ഉറുമ്പ് അല്പം പഞ്ചസാര എടുത്ത് പുതിയതായിട്ട് വന്ന ഉറുമ്പിന്റെ വായിലിട്ടുകൊടുത്തു വായിലിട്ടിട്ട് എങ്ങനെയുണ്ട് അതേപോലെ ഉണ്ട് ഏ ഇരുമ്പിന് ആഗ്രഹം എന്ത് ഈ ഉറുമ്പിന് സംശയം ഇത് ഇത്തിരി വായിൽ എടുത്തിട്ട് നോക്കുന്നു മധുരിക്കുന്നു ഈ പുതിയ ഉറുമ്പിന് ഇത്തിരി വായിലിട്ട് കൊടുത്ത് അതേപോലെ ഉണ്ട് എന്ന് പറയുന്നു അതിന് രുചിക്കണേ ഇല്ല അപ്പൊ മറ്റേ പുതിയ ഉറുമ്പിനോട് പഴയ പഞ്ചസാര ഉറുമ്പ് ചോദിച്ചു ആട്ടെ നീ വരുമ്പോ എന്തെങ്കിലും വായിലിട്ടു ചോദിച്ചോ അതെ അവിടെ നിന്ന് വരുമ്പോ നടക്കാൻ കൊറേ ദൂരം ഉണ്ടല്ലോ ഒരു കഷ്ണം ഉപ്പ് വായിലിട്ടിട്ടാണ് വന്നത് അത് ശരി അതാണ് ഇപ്പൊ പഞ്ചസാര അത് തുപ്പു ആദ്യ വായിലുള്ളു ഉപ്പ് തുപ്പ് എന്നിട്ട് പഞ്ചസാര തിന്നാം എന്നാലേ രോചിക്കുള്ളൂ അപ്പൊ ആയിലുള്ള ഉപ്പ് തുപ്പി വായി കഴുകിയിട്ട് വന്നിട്ട് പഞ്ചസാര വായിലിട്ടോളൂ ഇതേപോലെ വായിൽ ഉപ്പു വെച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നാൽ ഭക്തി ചെയ്താൽ നാമം ജപിച്ചാൽ പൂജ ചെയ്താൽ ആരാധിച്ചാൽ രുചിക്കില്ല വായിൽ ഉപ്പാണ് ആദ്യം ഉപ്പ് തുപ്പണം എന്നിട്ട് വേണം പഞ്ചസാര തിന്നാൻ ഉപ്പ് തുപ്പാതെ പഞ്ചസാര തിന്നാൽ പഞ്ചസാരയിൽ ഉപ്പ് കലർന്നിട്ട് ഉപ്പിന്റെ ഉപ്പുരസം വരും പഞ്ചസാരയുടെ മാധുര്യം വരില്ല ഭക്തി രുചിക്കണില്ല എന്ന് പറയുകയാണെങ്കിൽ ഉപ്പ് വായിലുണ്ടോന്നർത്ഥം ഉപ്പെന്താ വിഷയവാസനകൾ പലവിധ ലോകത്തിലുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭക്തിയിൽ രമിക്കുക എന്ന് പറയുന്നത് വായിൽ ഉപ്പ് വെച്ചുകൊണ്ട് പഞ്ചസാര തിന്നണ പോലെയാണോ പഞ്ചസാര രുചിക്കില്ല ആദ്യം ഉപ്പ് തുപ്പ എന്നിട്ട് പഞ്ചസാര തിന്ന അപ്പോ ഭക്തി രുചികരമായിട്ട് തീരും ഉപ്പുതുപ്പൽ എന്ന് വെച്ചാൽ എന്താണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഭഗവാൻ മാ ം എന്ന് നിശ്ചയിക്കുകയാണ് വേറെ ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള പ്രാമുഖ്യവും താൽപര്യവും ഇല്ലാതായാൽ ഭഗവാൻ നമ്മളെ വിട്ടു പോവുകയേയില്ല നമ്മളുടെ ഹൃദയം വിട്ട് ഭഗവാൻ എങ്ങോട്ടും പോവില്ല നമുക്ക് സിദ്ധവസ്തുവായിട്ട് തീരും ഭഗവാൻ അപ്പോ ഇങ്ങനെ പറഞ്ഞ് ഭാഗവതോത്തമന്റെ ലക്ഷണത്തിനെ വർണ്ണിച്ചു ഉത്തമഭക്തന്റെ ലക്ഷണത്തിനെ വർണ്ണിച്ചു ഒരു വിഗ്രഹത്തിൽ ആരാധിക്ക് അവിടെ മാത്രം ആരാധിക്കുന്നവൻ പ്രാകൃത ഭക്തൻ ഭഗവത് കഥകൾ രുചിച്ച് ഭക്തന്മാരുടെ സംഘത്തിലും ഇരുന്നുകൊണ്ട് ഭഗവാനെ കീർത്തനം ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്നവൻ മധ്യമ ഭക്തൻ ഭഗവാനെ സർവഭൂതങ്ങളിലും കാണുന്നവൻ ഉത്തമഭക്തൻ ഭക്തി ആരംഭിക്കുമ്പോ പ്രാകൃത തലത്തിൽ ആരംഭിച്ച് മധ്യമ തലത്തിൽ എത്തി ഉത്തമ തലത്തിലേക്ക് സമാപിക്കുന്നു അപ്പോ പ്രാകൃത തലത്തിലെങ്കിലും ആരംഭിക്കണം നമ്മള് ഭക്തിസാധന എന്ന് പറഞ്ഞു ഒരു നാമജപം ഒരു ജപം ആരംഭിക്കുക എന്തെങ്കിലും നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ജപം ദിവസവും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറെങ്കിലും ജപം നിഷ്ഠയോടെ ചെയ്യുക എന്തെങ്കിലും അവരവരുടെ ഇഷ്ടദേവത ഇഷ്ടഭാവത്തിൽ ഭഗവാന്റെ നാമത്തിനെ വിടാതെ ജപിക്കുക രാവിലെ കുറച്ചുനേരം വൈകുന്നേരം കുറച്ചുനേരം ഭഗവാനെ ഇഷ്ടഭാവത്തിൽ ആരാധിക്കുക നമ്മളുടെ ജീവിതത്തിനെ ഭഗവാന് സമർപ്പിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാന് വേണ്ടിയാണെന്ന് വിചാരിച്ച് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ പതുക്കെ പതുക്കെ ഭക്തി പ്രാകൃത തലത്തിൽ നിന്നും മധ്യമ തലത്തിൽ വരും ഭഗവാനെക്കുറിച്ച് കേൾക്കണം കഥയിൽ രുചി ഉണ്ടായിത്തൊടും ഭഗവത് കഥയിലും ഭാഗവതം ഗീത മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാനുള്ള രുചിയുണ്ടായാൽ മധ്യമ ഭക്തി ക്രമേണ ഭഗവാൻ സർവഭൂതങ്ങളിലും കാണുന്നു അത് ഭക്തി നമ്മൾ ഏതായാലും ഗ്രേഡ് ഈ ഇതൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഗ്രഡേഷം കൊടുക്കാനല്ല അത് നല്ലോണം ഓർത്തോളണം ോക്കിട്ടേ അത് കയ്യിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരെയായി നോക്കിക്കൊണ്ട് അവരെവിടെ നോക്കണു ഇവരെവിടെ നടക്കും നിക്കണം അളന്നു നോക്കാനല്ല നമുക്ക് നമ്മളെ അളക്കാനാണ് വേറെ ആരെയും അളക്കാനല്ല ചിലരുണ്ട് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടേ ഇരിക്കും മറ്റുള്ളവരെ നോക്കിക്കൊണ്ടേയിരിക്കും രമണാശ്രമത്തില് മഹർഷിയുടെ മുമ്പിൽ ഒരാള് പറഞ്ഞു എല്ലാരും ധ്യാനിച്ചുകൊണ്ടിരിക്കാണ് ഒരു ഭക്തൻ പറഞ്ഞു സ്വാമി ത്തനുണ്ടല്ലോ മൂന്ന് നാല് ദിവസമായി ഞാൻ നോക്കണു അവൻ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കണു അപ്പൊ മഹർഷി ചോദിച്ചു മൂന്ന് നാല് ദിവസമായിട്ട് ഉറങ്ങണുണ്ടോ അതെ മൂന്നു നാല് ദിവസമായിട്ട് അവൻ പാവം വന്ന വേല ചെയ്യണു ഉറക്കം നീയോ നീ വന്ന വേലയെ വിട്ടിട്ട് ധ്യാനിക്കുന്നത് വിട്ടിട്ട് അവൻ ഉറങ്ങണതിനേ നോക്കിക്കൊണ്ടിരുന്നു അപ്പോ തന്റെ ജോലിയും വ്യർത്ഥമായി മറ്റുള്ളവരിൽ ദൂഷ്യം കണ്ടുകൊണ്ട് അവിടെ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കാനല്ല നമ്മൾ ഭക്തി ചെയ്യുന്നത് സർവഭൂതേഷു പശ്യേത് ഭഗവത്ഭാവം ആത്മനഹാഗവതോത്ത ഇത് കഴിഞ്ഞു ഈ ഹരി എന്ന യോഗീശ്വരൻ മൗനിയായി അടുത്തത് രാജാവ് അന്തരീക്ഷൻ എന്ന യോഗീശ്വരനെ സമീപിച്ച് നമസ്കരിച്ചു അദ്ദേഹത്തിന് അന്തരീക്ഷൻ പേര് ഈക്ഷണം എന്ന് വെച്ചാൽ നോക്കുക ഇദ്ദേഹം എപ്പോഴും ഉള്ളിലേ നോക്കിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അന്തരീക്ഷൻ എന്ന് പേര് വെളിയിൽ നോക്കണേയില്ല ചിലര് വെളിയിലേ നോക്കിക്കൊണ്ടിരിക്കുന്നു ഉള്ളിൽ നോക്കില്ല ഇദ്ദേഹം ഉള്ളിലെ നോക്കിക്കൊണ്ടിരിക്കുന്നു വെളിയിൽ നോക്കില്ല അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സുദുർലഭ എന്നാണ് ഈശ്വരനെ അന്വേഷിക്കണമെങ്കിൽ അന്തർമുഖ സമാസ് വെളിമുഖമായി പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അന്തർമുഖമായി തിരിച്ച് ഉള്ളിൽ ശ്രദ്ധിക്കുക ആ ശ്രദ്ധിക്കുന്നവനാണ് അന്തരീക്ഷൻ ആ അന്തരീക്ഷനോട് ചെന്ന് രാജാവ് ചോദിച്ചു പരസ്യ വിഷ്ണോ ഈശസ് മായിനാ അഭിമോഹിനീം മായാം വേദിതും ഇച്ഛാമ ോ ബ്രുവനഹ നനുതൃപ്യേ ജുഷന്യുഷ്മജോ ഹരികഥാമൃതം സംസാരതാതെ മർത്യ തത്താപേഷജം माया വലിയ വലിയ പണ്ഡിതന്മാരെയും യോഗികളെയും പോലും മോഹിപ്പിച്ചു കളയുന്ന മായാ െ അറിയണം എന്ന് ആഗ്രഹിക്കുന്നു അയ്യോ കഷ്ടം ഈശ്വരനെ അറിയണം മായയെ ആരെങ്കിലും അറിയണം എന്ന് ആഗ്രഹിക്കുവോ അറിഞ്ഞണം എന്ന് ആഗ്രഹിച്ചാൽ വലിയ കുഴപ്പം പറ്റിപ്പോവും ബ്രഹ്മത്തിനെ അറിയാൻ പറ്റും മായയെ അറിയാൻ പറ്റില്ല ഈ മായയെക്കുറിച്ച് ഇദ്ദേഹം ഇപ്പൊ പറയണത് ഇപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നേം മനസ്സിലാവും മായയെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും പിടിക്കിട്ടില്ല അതുകൊണ്ട് ഒരു കഥ പറയാം യോഗവാസിഷ്ടത്തിൽ വരുന്ന കഥ ഗാധി എന്ന് പറയുന്ന ഒരു ഋഷി ഈ ഗാധി ഗംഗാതീരത്തിൽ തപസ് ചെയ്യുന്നു വാനപ്രസ്ഥനായിട്ട് ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ വിട്ട് ഗംഗാതീരത്തിൽ ഗാധി തപസ് ചെയ്യാണ് വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യുന്നു കൊറേ കാലമായി ഗംഗയിൽ കഴുത്ത് വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ജപം ചെയ്യും അതാണ് തപസ് അങ്ങനെ തപസ് ചെയ്ത് വിഷ്ണു ഭഗവാൻ ഗാധിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ശംഖചക്ര ഗതാപാണിയായി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട് ഗാധിയോട് ചോദിച്ചു ഗാധി അങ്ങക്ക് എന്താണോ വേണ്ടത് ഗാദി പറഞ്ഞു ഭഗവാനെ എനിക്ക് അങ്ങയുടെ മായയെ കാണണം ഇത്ര കാലം കണ്ടതൊക്കെ പിന്നെ എന്താണോ ഇത്രയും കാലം കണ്ടതൊക്കെ അത് തന്നെ മായയെ കാണണം എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കോ ആത്മാവിനെ കാണണം എന്ന് ആഗ്രഹിക്കണം ബ്രഹ്മത്തിനെ അറിയണം എന്ന് ആഗ്രഹിക്കണം അതുപോയിട്ട് മായയെ കാണണം എന്ന് ചോദിക്കണമല്ലോ ശരി ആവട്ടെ അങ്ങക്ക് സമയമാവുമ്പോൾ മായാദർശനം ഉണ്ടാവും എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി ഗാദി കുറച്ചുനേരം കൂടെ തന്റെ ജപം തപം ഒക്കെ കഴിഞ്ഞു വെള്ളത്തിന് കരയ്ക്ക് കയറി തുടച്ചു ആചമനാദികളൊക്കെ കഴിച്ചു തന്റെ കുടീരത്തിൽ ചെന്നു ചെന്ന് രാത്രിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ആക്കുമ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു തളർച്ച ശരീരമൊക്കെ കുഴഞ്ഞു പോകുന്നു എഴുന്നേക്കാനേ നടക്കാനേ വയ്യ അദ്ദേഹം പതുക്കെ ഒരു വടിയും കുത്തി ഒരു ശിഷ്യനെയും കൂട്ടി തന്റെ ഭാര്യയും കുട്ടികളും ഉള്ള സ്ഥലത്തിലേക്ക് തിരിച്ചുപോയി തിരിച്ചുപോയി വീട്ടിൽ പോയി അവർ ശുശ്രൂഷയൊക്കെ ചെയ്തു കുറച്ചു കാലം താമസിച്ചു കൊറേ താമസിച്ച് ആ വീട്ടിലങ്ങനെ താമസിച്ച് വയ്യാതായി വാദിക്ക് ആറ് ആറേഴ് മാസം വീട്ടിൽ വയ്യാതെ കടന്നു കട്ടില് അങ്ങനെ കിടന്ന് തന്റെ കുട്ടികളെയൊക്കെ അങ്ങനെ നോക്കി കുട്ടികള് പേരക്കുട്ടികള് അവരെയൊക്കെ കണ്ടങ്ങനെ കുടുംബത്തിലങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ തെരുവിലൂടെ ഒരു ചണ്ടാളപ്പയ്യൻ നടന്നു പോകുന്നത് കണ്ടു ആ ചണ്ടാളപ്പയ്യനെയും നോക്കി തന്റെ കുട്ടികളെയും നോക്കി തന്റെ കുട്ടികളൊക്കെ നല്ല വെള്ള കളറിൽ വെളുത്ത കളറിൽ സ്വർണവർണ്ണത്തിൽ ഇരിക്കുന്നു ഈ ചണ്ടാളക്കുട്ടികൾ കറകരയിൽ നിന്നിരിക്കുന്നു ഗാദി വിചാരിച്ചു ഈ ചണ്ടാളക്കുട്ടികളെ പോലെ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിട്ടുണ്ടാവുമായിരുന്നു എന്ന് ധരിച്ച് ആ സമയം തന്നെ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുകയും ചെയ്തു ഗാദി മരിച്ച ആള് എം യം ബാബി സ്മരൻഭാവം തെജതി അന്തേ കളേവരം തം തമേവ സദാ തദ്ഭാവിത മരിക്കുന്ന സമയത്ത് എന്തിനെ സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അടുത്ത ജന്മം ഇയാൾ അടുത്ത ജന്മം ഹൂണദേശത്തില് കൊറേ ദൂരത്തെ ഹൂണദേശത്തില് ചണ്ടാളന്മാരുടെ കുലത്തിൽ പോയി ജനിച്ചു അവിടെ ഒരു ചണ്ടാള സ്ത്രീയിൽ ജനിച്ചു കുട്ടിക്കാലത്ത് ചണ്ടാളക്കുട്ടികളുമായി കളിച്ചു വളർന്നു നീചമായ മാംസഭക്ഷണം കഴിച്ചു ചണ്ടാളന്മാരുടെ ഇടയിൽ വളർന്നു അവരുടെ ഇടയിൽ ഒറ്റക്കമ്പി വെച്ചിട്ട് വായിക്കുന്ന ഒരുതരം വാദ്യം ആ വാദ്യം വായിച്ച് ചണ്ടാളന്മാർ പാടുന്ന ഒരുതരം പാട്ടുണ്ട് ആ പാട്ടുമൊക്കെ പാടി ഇയാള് അതിൽ വലിയ പ്രവീണനായി ചണ്ടാള സ്ത്രീയെ വിവാഹം കഴിച്ചു അതിൽ ഇദ്ദേഹത്തിന് നാലഞ്ച് കുട്ടികളുണ്ടായി ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് വർഷം ജീവിച്ചു അപ്പോ ആ ചണ്ടാളത്തെരുവിൽ വലിയ ഒരു വരൾച്ച വന്നു വരൾച്ച വന്ന് അനേകം പേര് പഷ്ണി കൊണ്ട് മരിച്ചു ഗാദിക്ക് ഈ ചണ്ടാളന് കടഞ്ചകൻ എന്നു പേര് ഈ കടഞ്ചകന് ഭക്ഷണമൊന്നും കിട്ടാതായി കുട്ടികളൊക്കെ ഓരോരുത്തരായി ഭക്ഷണം കിട്ടാതെ മരിച്ചു തുടങ്ങി ആ ഗ്രാമത്തിലും ധാരാളം പേര് മരിച്ചു ഈ കടഞ്ചകന്റെ കുട്ടികൾ കുറെ പേര് മരിച്ചു യാൾ കരഞ്ഞ് കരഞ്ഞ് സംസാര ദുഃഖത്തിനെ കുറിച്ച് ആലോചിച്ച് ഇനിയൊരു വിഷമവും ഇല്ല അത്രയധികം വിഷമിച്ചു കരഞ്ഞു മറ്റു പലരും സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു തനിക്ക് ഉണ്ണാൻ പോലുമില്ല തന്റെ ഭാര്യയും തന്റെ മുമ്പിലും മരിക്കുന്നത് കണ്ടു ഇങ്ങനെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്കും ഭാര്യയെ മരിച്ചു കുട്ടികൾ മരിച്ചു ദുഃഖം സഹിക്കവയ്യാതെ ഈ ചണ്ടാളൻ നാടുവിട്ടു നാടുവിട്ട് താൻ ചണ്ടാളനാണെന്ന് പറയാതെ ക്ഷത്രിയനായി വേഷം കെട്ടി നടന്നു ഇയാളിങ്ങനെ നടന്ന് നടന്ന് നടന്ന് കുറെ ദൂരം ചെന്നപ്പോൾ കീരമണ്ഡലം എന്നൊരു രാജ്യം ആ രാജ്യത്തിലെ രാജാവ് മരിച്ചിരിക്കുന്നു ആ രാജാവ് മരിച്ച് പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കാനായി അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് ആനയെ പൂജിച്ച് ആനയുടെ കയ്യിൽ മാല കൊടുത്ത് आए, ീ ആന കൈയിലും ആലയെ തുമ്പിക്കൈയിലും മാലയും കൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഈ കടഞ്ചകന്റെ കഴുത്തിൽ കൊണ്ടുവന്ന് മാലയിട്ടു അപ്പൊ ഈ കടഞ്ചകനെ രാജാവാക്കി കടഞ്ചകൻ രാജാവായി എട്ട് വർഷം ഭരിച്ചു പുതിയ വിവാഹം കഴിച്ചു രാജ്ഞിയുണ്ടായി മന്ത്രിസഭയുമൊക്കെ ആയി മന്ത്രിമാരെയും ഒക്കെ നല്ലവണ്ണം രാജ്യഭരണം താൻ ചണ്ടാളനാണെന്ന് പറഞ്ഞില്ല ഒരു ചണ്ടാളൻ രാജ്യഭരണം ചെയ്യും ക്ഷത്രിയനല്ലാതെ വേറെ ആരും ആ കാലത്ത് രാജ്യം ഭരിക്കാൻ പാടില്ല ചണ്ടാളൻ രാജ്യം ഭരിച്ചു എന്ന് വെച്ചാൽ പിന്നെ നാട്ടുകാരൊക്കെ മരിച്ചു കളയും അത്തരത്തിലൊരു കാലം അപ്പൊ ഈ ചണ്ടാളനാണെന്ന് പറഞ്ഞതേ ഇല്ല അദ്ദേഹം വിവാഹം കഴിച്ച് ജീവിച്ചു കുറെ എട്ട് വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം പൂന്തോട്ടത്തിൽ ഉലാത്താണ് അങ്ങനെ നടക്കുമ്പോ കുറെ ചണ്ടാളന്മാരെ ഈ ഒറ്റക്കമ്പി വാദ്യം വായിച്ചു പാടുന്നത് കേട്ടു പൂർവ്വവാസന അവരെ അടുത്ത് നിന്നു അതിലൊരു ചണ്ടാളൻ ഇയാളെ അറിയുന്നത് കൊണ്ട് ഹേ കടഞ്ചക നീ എവിടെ എവിടെ വന്നു എന്ന് ചോദിച്ചു അപ്പൊ ഇയാള് ചണ്ടാളനാണെന്ന് നാട്ടിലൊക്കെ പാട്ടായി ഭടന്മാരൊക്കെ അറിഞ്ഞു നാട്ടിലൊക്കെ പാട്ടായി അറിഞ്ഞവർ അറിഞ്ഞവര് വലിയ വിഷമത്തിലായി രാജ്ഞി മന്ത്രിമാരെ ഇവരൊക്കെ അഗ്നിപ്രവേശം ചെയ്തു ഇദ്ദേഹത്തിന്റെ ചുവട്ടിൽ ജോലി ചെയ്ത പല ബ്രാഹ്മണരും അഗ്നിയിൽ പ്രവേശിച്ചു ചിലർ കാശിയിൽ ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാനായിട്ട് കാശിയിലേക്ക് പോയി നാട്ടിലുള്ളവർ മുഴുവൻ രാജാവ് ചണ്ടാളൻ അയാളുടെ ചോട്ടിൽ നമ്മൾ ജീവിക്കുക ധർമ്മക്ഷയം എന്ന് പറഞ്ഞ് അഗ്നിപ്രവേശം ചെയ്തു ഈ കടഞ്ചകനും ഞാൻ കള്ളം പറഞ്ഞ് എട്ട് വർഷം രാജ്യം ഭരിച്ചു ചണ്ടാളനായ ഞാൻ അതുകൊണ്ട് ഞാൻ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇയാളും അഗ്നിയിൽ ചാടി അഗ്നിയിൽ ചാടി ദേഹം ഒന്ന് പൊള്ളിയപ്പോ ഗാദി കഴുത്തിന് വെള്ളത്തിൽ നിൽക്കുകയാണ് ഒരു ഞെട്ട് വെള്ളത്തിൽ നിന്ന് എണീറ്റ് കരക്കിയേ പോയിട്ടില്ല ഗംഗയിൽ കഴുത്തിന് വെള്ളത്തിൽ വിഷ്ണു ഭഗവാൻ മറഞ്ഞുപോയി ഒന്നര മിനിറ്റ് നേരമേ ആയിട്ടുള്ളൂ ആ ഒന്നര മിനിറ്റ് നേരത്തിൽ ഇയാൾ വെള്ളത്തിൽ നിന്നും കരക്കി കയറിയതായിട്ടും സുഖമില്ലാതായതായിട്ടും പോയതായിട്ടും ആറേഴു മാസം വീട്ടിൽ സുഖമില്ലാതെ കിടന്നതായിട്ടും അവിടുന്ന് മരിച്ചതായിട്ടും അവിടുന്ന് കീരമണ്ഡലത്തിൽ പോയതായിട്ടും ചണ്ടാളനായിട്ട് ജീവിച്ചതായിട്ടും ചണ്ടാളകുലത്തിൽ നാപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് അവിടുന്ന് പോയി രാജാവായി എട്ട് വർഷം ജീവിച്ച് അവിടുന്ന് ഇത്രയും ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും മരിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഇത് അവിടുന്ന് ഞെട്ടി ഒരു എണീക്കത് അയ്യോ ഈ മായ അതിഭയങ്കരം ഒരു ക്ഷണനേരം മനസ്സ് ചലിപ്പിച്ചപ്പോ ഒന്നര മിനിട്ട് നേരം കൊണ്ട് യുഗങ്ങൾ കഴിഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ ഇനി മനസ്സിനെ ചലിപ്പിക്കുകയേ എന്ന് നിശ്ചയിച്ച് ഗാദി ഗംഗയിൽ നിന്നും കുളിച്ച എഴുന്നേറ്റ തോർത്തി ആഗമനം ചെയ്ത് കുടിലു വന്നിരുന്നു ഭഗവാനെ അങ്ങയുടെ മായ അതിഭയങ്കരം ഒരു ക്ഷണനേരം കൊണ്ട് ഞാൻ മനസ്സ് ചലിപ്പിച്ചപ്പോ ഇത്ര ഭയങ്കരമാവുന്നു അതുകൊണ്ട് മനസ്സിനെ ചലിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നാരായണ ഹരി എന്ന് ശബ്ദം കേട്ടു അപ്പോ മുമ്പിൽ മെലിഞ്ഞ ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നു എനിക്കിത്തിരി ഭക്ഷണം തരുവോ എന്ന് ചോദിച്ചു ഗാദിയോട് വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എവിടെ വരുന്നു എന്ന് ചോദിച്ചു ഈ ബ്രാഹ്മണനോട് ഞാൻ കാശിയിൽ നിന്ന് വരികയാണ് എന്താ വെലിഞ്ഞിരിക്കുന്നുവല്ലോ ചാന്ദ്രായണ വ്രതം അനുഷ്ഠിച്ചിട്ട് വരികയാണ് എന്തിനാ ഞങ്ങൾ കീരമണ്ഡലം എന്ന ദേശത്തിലെ പ്രജയാണ് ഞങ്ങളുടെ രാജാവ് ഒരു ചണ്ടാളനായിരുന്നു അദ്ദേഹം ഇപ്പൊ ചുവട്ടിൽ എട്ട് വർഷം ജീവിച്ചത് കൊണ്ട് ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാനായി കാശിയിലേക്ക് പോയിട്ട് വരികയാണ് ഗാദിക്ക് തലയും വാലും പിടികിട്ടണില്ല ഇപ്പൊ എന്തിനെ ഏതിനോട് ഘടിപ്പിക്കും എങ്ങനെ ഘടിപ്പിക്കും താൻ വെള്ളത്തിലിരിക്കുമ്പോ കണ്ട ഒന്നര മിനിറ്റിൽ കണ്ട കാര്യം അത് കഴിഞ്ഞ് താൻ ഉണർന്നു എന്നാണ് ഇപ്പോ ണർന്നു വിചാരിച്ച് കരയ്ക്ക് വന്നിരിക്കുമ്പോഴാണ് താൻ സ്വപ്നത്തിൽ കണ്ടതൊക്കെ ഇയാൾ വന്ന് റിപ്പോർട്ട് ചെയ്യണത് ഇപ്പൊ ഇത് എവിടെ ഘടിപ്പിക്കും ഭഗവാനെ അഹോ മായാ ഈ മായേ വിചിത്രമായാണ് അഹോ അതിഗംഭീരാ ദുരവഗാഹ്യാ വിചിത്രായ എങ്ങനെ പറയും ഈ ഗാദിക്ക് ഒന്നും പിടിക്കിട്ടിയില്ല ഈ ബ്രാഹ്മണന്റെ കൂടെ അയാളെ ചെന്ന് നോക്കി കീരമണ്ഡലം എന്നൊരു സ്ഥലം അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ചണ്ടാളനായിരുന്നു ഭൂണദേശത്തിൽ അവിടെ ഒരു കടഞ്ചകൻ എന്നൊരു ചണ്ടാളൻ ഉണ്ടായിരുന്നു അയാള് മരിച്ചു ദുർഭിക്ഷ വന്നു ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഗാദി ആലോചിച്ചു ഇതെ ഇങ്ങനെ ഞാനോ മരിച്ചിട്ടേ ഇല്ല ഞാൻ തപസ് ചെയ്യുമ്പോൾ ഒന്നര മിനിറ്റിലാണ് ഈ ദർശനം ഉണ്ടായത് ആ താൻ ഞാൻ കണ്ടതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പോയി ജനിച്ചു ഞാൻ എങ്ങനെ അവിടെ ഒന്നും പിടിക്കിട്ടില്ല രമണ മഹർഷിയോട് ടോക്സ് വിത്ത് രമണ മഹർഷിയോട് ഒരു ഭക്തൻ പാരാസൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബ്രാഞ്ച് ഉണ്ട് സൈക്കോളജിയിൽ ഇങ്ങനത്തെ ഒക്കെ അനലൈസ് ചെയ്യുന്നത് അയാള് ചോദിച്ചു ഒരു ജീവൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് പോയി രണ്ടു വർഷത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് പോയി ജനിക്കുവോ എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു രണ്ടു വർഷത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് പോയി ജനിക്കും എന്ന് മാത്രമല്ല ചെലപ്പോ പത്ത് എഴുപത് വയസ്സുമായിട്ടുണ്ടാവും ഏ ഇങ്ങനെ ഘടിപ്പിക്കും നമ്മളുടെ കണക്കൊന്നും അവിടെ ചെലവാവില്ല നമ്മളുടെ കണക്ക് ബുദ്ധിയും വെച്ചുകൊണ്ട് മായയിൽ പോയാൽ മായ നമ്മളെ വട്ടം തിരിപ്പിക്കും യുക്തിശൂന്യ വസ്തുപ്രകാശ്യ സംജ്ഞാ മായ എന്നാണ് ഒരു യുക്തിയും പിടികിട്ടില്ല നമ്മളുടെ യുക്തിയും കൊണ്ട് അവിടെ പോയാലേ നമ്മളെ മുട്ടുകുത്തിപ്പിക്കും ഒന്നും പിടികിട്ടില്ല ഇന്ദ്രജാലം ഇന്ദ്രജാല പ്രകടനം അവസ അതാണ് അപ്പോ ഇതാണ് മായ ഈ മായ എങ്ങനെ മനസ്സിലാക്കും മായ എങ്ങനെ മനസ്സിലാക്കുന്നു നമ്മളുടെ മനസ്സ് തന്നെ മായയാണ് മനസ്സിലാക്കുന്ന മനസ്സ് തന്നമായിയാണ് സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരതിരസി ത്വമാപഹം ഭൂമി ത്വ് പരിണതം നഹി ത്വമേവ സ്വാത്മാനം പരിണമയം വിശ്വവപുഷാ ചിദാനന്ദാകാരം തിഭൃശേ ഗിരാീ ദ്രുഹിണ ഗൃഹീഗ സഹചരീം അദ്രിതയാറീയാ കി രധിഗമനിസീമഹിമായാ വിശ്വ ഭ്രമയതി പരബ്രഹ്മ മീ ിരാമാഹുർദേവീം ദ്രോഹിണഗൃഹിണീം ബ്രഹ്മാവിന്റെ പത്നിയായ സരസ്വതി എന്നും ആഗമവിദ ഹരേ അമ്മേ അമ്മയെ ഞാൻ എങ്ങനെ അറിയും തുരിയാ കാപിത്വം ആ ചതുർത്ഥസ്ഥാനം നിർവികൽപ്പമായ സമാധിസ്ഥിതി സ്വരൂപനിഷ്ഠ ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവുമാത്രമായ സ്ഥിതി ആ ബോധസ്ഥിതിയിൽ നിന്നും ശ്രദ്ധാശക്തി അല്പമൊന്നു പതറിയാൽ അവിടെ നിന്നും ഒരു മയൂഖാവലി അവിടെ നിന്നും ഏതോ ഒരു വെളിച്ചം പുറപ്പെടുന്നു ആ വെളിച്ചം വിജൃംഭണമായി പഞ്ചഭൂത മനസ്സായി പഞ്ചഭൂതങ്ങളായി പ്രപഞ്ചം മുഴുവനായി ചിതാനന്ദാകാരം ശിവയുവതി ഭാവേന ബിപുഷി ഒരു ക്ഷണനേരം ആ പ്രകാശം ഉദ്ഭവിക്കുന്ന മൂലസ്ഥാനത്തിനെ ശ്രദ്ധിച്ചാൽ ആ പ്രകാശം അടങ്ങിപ്പോകും ഒരു ക്ഷണനേരം ആ പ്രകാശം പോണവഴിക്ക് നോക്കിയാലോ മനസ് പഞ്ചഭൂതങ്ങൾ വിശ്വം മുഴുവൻ കാണപ്പെടുന്നു ഇങ്ങട് നോക്കിയാൽ ബോധദർശനം അങ്ങോട്ട് നോക്കിയാൽ പ്രപഞ്ച ദർശനം മായയുടെ മൂലത്തിൽ ശിവൻ ശിവന്റെ മേലെ മായ ചിലയിടത്ത് നമുക്ക് കാണാം ഭദ്രകാളി ശിവനെ ചവിട്ടിക്കൊണ്ട് നിക്കും ശിവന്റെ മേലെ നിൽക്കണു എന്താ പ്രപഞ്ച കാലിൽ നോക്കിയാൽ ശിവൻ അങ്ങനെ ഒരു ദർശനം കാണും അപ്പോ ആ മൂലത്തിൽ എവിടെ നിന്നോ പൊന്തുണു അതെ തുരീയാ കാപിത്വം ദുരധിഗമനിസീമഹിമാ സീമയില്ലാത്ത മഹിമയോടുകൂടിയ ഏതോ ഒരു തി ഏതോ ഒരുവൾ ഏതോ ഒരു മഹാശക്തി ഇത്രമാത്രമറിയാം അവളെ കടക്കാൻ അത്ര സാധ്യമല്ല ദുരതിഗമ നിസ്സീമ മഹിമാ മഹാമായാ വിശ്വം ഭ്രമയതി വിശ്വത്തിനെ വട്ടർന്നിരിക്കുന്നു എന്നാണ് അവിടെ ആരാ പരബ്രഹ്മ മഹിഷീ വേദാന്തത്തിനും സിദ്ധാന്തത്തിനും ഒരു വ്യത്യാസം വേദാന്തം പിന്നീട് തത്വവിചാരവുമായിട്ട് ശാസ്ത്രമായിട്ട് പാണ്ഡിത്യമായിട്ട് വളർന്നു വന്നപ്പോ മായാമായ എന്ന് നിന്ദയായി മായയെ ജയിക്കണം മായയെ തള്ളി മാറ്റണം അതേ വേദാന്തം അനുഭവ തലത്തിൽ അനുഭവ വേദാന്തമായിട്ട് നിൽക്കുമ്പോൾ മായയെ നിന്ദിക്കാനല്ല മായയ്ക്ക് ശരണാഗതി ചെയ്യാം മായയ്ക്ക് ശരണാഗതി ചെയ്താൽ ആ മായയെ നമ്മളെ പരമസത്യത്തിനോട് അടുപ്പിക്കും മായയ്ക്ക് ശരണാഗതി ചെയ്യുകയാണെങ്കിൽ മായ നമ്മളെ സത്യത്തിനോട് അടുപ്പിക്കും വാത്മീകി രാമായണത്തിൽ രാമൻ മുമ്പിൽ നടക്കുന്നു സീത നടുവിൽ നടക്കുന്നു ലക്ഷ്മണൻ പുറകെ നടക്കും ലക്ഷ്മണന് ഇടയ്ക്കിടയ്ക്ക് രാമനെ കാണണം രാമൻ മുമ്പിൽ നടക്കുന്നു രാമോ യയാവഗ്രേ സീതാമധ്യേ സുശോഭനാം ലക്ഷ്മണസ്തു ധനുഷ്ണിഹി പൃഷ്ടോനു ജ ശ്രീരാമൻ മുമ്പിൽ നടക്കുന്നു ലക്ഷ്മണൻ സീതാ നടുവിൽ സീത രാമനെ മറച്ചുകൊണ്ടേയിരിക്കും കുറച്ചുനേരം കഴിഞ്ഞാൽ ലക്ഷ്മണൻ സീതയോട് പറയൂ അത്രേ ദേവി അല്പം ഒന്ന് മാറി തന്നാൽ ഏട്ടനെ ഒന്ന് കണ്ട്രോളാവുന്നു അപ്പൊ മായ വഴിവിട്ട് തന്നാലേ പ്രഭുവിനെ കാണാൻ പറ്റുകയുള്ളൂ മനസ്സിനോട് ശണ്ട നമുക്ക് ജയിക്കാൻ പറ്റില്ല മനസ്സിനെ ആരാധിച്ചു തുടങ്ങണം മനസ് അംബികയാണ് മാനസി ദേവിയാണ് അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല അതാണ് പരബ്രഹ്മ എന്ന് പറഞ്ഞത് അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല ബ്രഹ്മത്തിന്റെ ശക്തി തന്നെയാണ് അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നില്ല ബ്രഹ്മത്തിനോട് ഐക്യപ്പെട്ടും നിൽക്കുന്നില്ല വിട്ടിട്ടും നിൽക്കണില്ല ചേർന്നിട്ടും നിൽക്കണില്ല എന്നുള്ള ആ മഹാശക്തി ആ മഹാശക്തിയെ ആരാധിച്ചാൽ ആ മഹാശക്തി നമ്മളെ ബ്രഹ്മത്തിനോട് അടുപ്പിക്കും അതാണ് ലളിതാ സഹസ്രാമനാമത്തിൽ നോക്കിയാൽ നമ്മളുടെ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ എന്തൊക്കെ ചീത്ത ഗുണങ്ങളുണ്ടോ നല്ല വികാരം ചീത്തവികാരം ഗുണം ദോഷം ഇതൊക്കെ അംബികയുടെ രൂപമായിട്ട് വർണ്ണിച്ചിരിക്കും എല്ലാത്തിനെയും അംബികയുടെ രൂപമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു രാഗം ദ്വേഷം കാമം, കോപം എല്ലാ വികാരങ്ങളും ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇതൊക്കെ തന്നെ ദേവിയുടെ ഓരോ സ്വരൂപമായിട്ട് വർണ്ണിച്ചിരിക്കും നമ്മളിൽ ഉള്ള സൂക്ഷ്മമായ വികാരങ്ങളൊക്കെ ഒരു മൂർത്തി കൊടുത്താൽ ദേവന്മാരും ദേവിമാരുമായിട്ട് മാറും ആ ദേവന്മാരും ദേവിമാരും നമുക്കിപ്പോ സൂക്ഷ്മമായ ഇമോഷൻസായിട്ട് നമ്മളുടെ മണ്ഡലത്തിൽ കാണപ്പെടുന്നു മനോമണ്ഡലത്തിൽ ആ ഇമോഷൻസ് തന്നെ ഓരോ മൂർത്തികളായിട്ട് ദേവതകളായിട്ട് ആവിർഭവിക്കും അതിനെ ആരാധിക്കുകയാണെങ്കിൽ അതൊക്കെ വഴിവിട്ട് തന്ന് സുഗമമായ മാർഗം ഷണ്ട മാർഗ്ഗമല്ല സുഗമമായ മാർഗ്ഗം സുലഭമായ മാർഗം അത് വിഷമിപ്പിക്കാതെ നമ്മളെ സത്യദർശനം ചെയ്യിപ്പിക്കുന്നു തനിയെ വഴിവിട്ടു തരുന്നു അതുകൊണ്ടാണ് ദേവിയെ വർണ്ണിച്ചപ്പോ മനസ്വം വ്യോമത്വം മരുധസി മരുത്സാരതിരസി ഉപനിഷത്ത് പറഞ്ഞു ബ്രഹ്മത്തിൽ നിന്നും ആദ്യം ആകാശമുണ്ടായി സ എതസ്മാത് ആത്മന ആകാശസംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അത്ഭ്യ പൃഥിവി ആകാശം വായു അഗ്നി ഇതൊക്കെ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായി ആകാശം എവിടുന്നുണ്ടായി സ്പേസ് എവിടുന്നുണ്ടായി സ്പേസ് എവിടെ ഇല്ലാതാവണോ അവിടെ നിന്നുണ്ടായി സ്പേസ് എവിടെ ഇല്ലാതാവുന്നു ദിവസം രാത്രി ഉറങ്ങുമ്പോ സ്പേസ് ഇല്ലാതാവുന്നു രാത്രി ഉറങ്ങിക്കഴിഞ്ഞപ്പോ എവിടെ കിടന്നു എന്നറിയുന്നില്ല സ്പേസ് ടൈം ഒന്നുമില്ല മനസ്സ് ലയിച്ചുവോ സ്പേസ് ഇല്ല മനസ്സ് പൊന്തിയോ സ്പേസ് അപ്പൊ സ്പേസ് എവിടെ നിന്നുണ്ടായി മനസ്സിൽ നിന്നുണ്ടായി അപ്പൊ മനസ്സ് ആദ്യത്തെ ആവിർഭാവം അപ്പൊ മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരധി രസി ആദ്യം മനസ്സ് പിന്നെ ആകാശം അപ്പൊ മനസ്സ് അംബികയുടെ സ്വരൂപം എന്ന് കണ്ടാൽ ആ മനസ്സിനോട് നമ്മൾ ശണ്ട കൂടണോ മനസ് വിക്ഷേപം ഉണ്ടാക്കുന്ന മനസ്സും ഉറക്കം രൂപത്തിലിരിക്കുന്ന മനസ്സും അമ്പികയാണ് യാവി സർവഭൂതേശവും നിദ്രാറൂപേണ സംസ്ഥിത സ്മൃതിരൂപേണ സംസ്ഥിത വിശപ്പ് എല്ലാം ഒരേ ശക്തി ആ മായയുടെ തന്നെ ആവിർഭാവങ്ങളാണ് സൃഷ്ടിയിൽ എല്ലാം നമ്മള് കൃഷ്ണനെ ആരാധിച്ചാലും ശിവനെ ആരാധിച്ചാലും നാമരൂപമുണ്ടോ അത് ശക്തിയാണ് ോടുകൂടെ എന്തിനെ ആരാധിച്ചാൽ അത് ഈശ്വരൻ ആരാധി ഈശ്വരനും ശക്തിയാണോ ചലിക്കുന്ന എല്ലാ മണ്ഡലത്തിന്റെ ഉള്ളിലും ശക്തിയുടെ മണ്ഡലമാണ് ചലിക്കാത്തതു മാത്രമാണ് ബ്രഹ്മസ്വരൂപം ചലിക്കുന്നതൊക്കെ ശക്തി മണ്ഡലമാണ് അപ്പൊ ചലിക്കുന്നതൊക്കെ ശക്തി ശക്തി ശിവനിൽ നിന്ന് വേറെയാണോ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു They say that without she, there is no he. Without he, there is no she. Shakti ye koodade, shivam iliyah, shivattin ye koodade, shakti iliyah anu parayin. English ila chodhichu. Avalhe koodade, avan iliyah, avanhe koodade, avan iliyah. Without she, there is no he. Without he, there is no she. Appa Maharshi parnyu, ningal chodhich cha chodhiyatil e uttara onda, she ila he unda. He ila she iliyah anu. എസ് എച്ച് ഇ ഷി അതിൽ ഹി ഉണ്ട് എച്ച് ഇ ഉണ്ട് എച്ച് ഇല് ഷി ഇല്ല എന്നുവെച്ചാൽ ശിവം തനിച്ചു നിക്കും ശക്തി തനിച്ചു നിക്കില്ല ശക്തി ശിവത്തിൽ നിന്നും പൊന്തി ശിവത്തിൽ നിന്നുകൊണ്ട് ശിവത്തിൽ ലയിക്കുന്നു ഇവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല ശക്തി ശിവത്തിൽ നിന്നും പൊന്തി ശിവത്തിൽ നിന്ന് ശിവത്തിൽ ലയിക്കുന്നു ശക്തി ലയിച്ച സ്വരൂപത്തിനെയാണ് നമ്മള് ബ്രഹ്മസ്വരൂപം എന്ന് പറയണത് പരമാത്മ സ്വരൂപം അതിൽ ശക്തി ചലിക്കുമ്പോ അതിനെ സൃഷ്ടി നടക്കുന്നു എന്ന് പറയണു സൃഷ്ടി നടക്കുമ്പോ ശക്തിയുടെ ചലനം ഉണ്ട് ചലിക്കുന്നതൊക്കെ തന്നെ ശക്തിയുടെ മണ്ഡലമാണ് മനസ് ചലിക്കുന്നു മനസ്സിനെ അടക്കാൻ പല മാർഗ്ഗം പക്ഷെ വളരെ ലളിതമായൊരു മാർഗം പറയാം എന്താണ് അടക്കുകയെ വേണ്ട അടക്കേ വേണ്ടെന്നുവെച്ചാൽ അടക്കുക വേണ്ട അഖണ്ഡബോധ സമുദ്രത്തിൽ ഉണ്ടാവുന്ന അലയാണെന്ന് കരുതിയാ മതി അലയും വെള്ളമാണ് കുമളയും വെള്ളമാണ് സമുദ്രവും വെള്ളമാണ് ഉള്ളത് വെള്ളം മാത്രം ഈ ചലിക്കുന്ന ചലനമൊക്കെ എവിടെ ഉണ്ടാവുന്നു മനസ്സ് എവിടെ ചലിക്കുന്നു ബോധത്തിൽ ചലിക്കുന്നു അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് എന്താ ബോധത്തിൽ നിന്ന് അന്യമായ വല്ല വസ്തു അല്ല ബോധം തന്നെയാണ് മനസ്സായിട്ട് കാണപ്പെടുന്നത് ആത്മാ തന്നെയാണ് അജ്ഞാനം കൊണ്ട് മനസ്സായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഈ മനസ്സിന്റെ ചലനങ്ങളൊക്കെ ഏർപ്പെടുമ്പോ ഈ ചലനമൊക്കെ തന്നെ ആത്മാവിന്റെ ചലനമാണ് എന്ന് ഓർമ്മിക്കണം ദേഷ്യം വന്നാൽ ആ അതൊരല ഇപ്പൊ ദേഷ്യത്തിന്റെ രൂപത്തിൽ പൊന്തിയിരിക്കുന്നു ആ അല അടങ്ങും കോപം അസൂയ വന്നാൽ അല പൊന്തിയിരിക്കുന്നു അടങ്ങും എന്ത് അല വേണമെങ്കിൽ വരട്ടെ അത് പൊന്തട്ടട്ടെ അസ്തമിക്കട്ടെ ന്നെ ആ ശക്തിയുടെ ലാസ്യമാണ് ശക്തിയുടെ നർത്തനമാണ് ഇത് ശരിക്കും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ മനസ്സിന്റെ ചാഞ്ചല്യം നമ്മളെ ബാധിക്കില്ല നമുക്കത് ഭാവസമാധിയായിട്ട് തീരും മനസ്സിന്റെ ഓരോ ചലനവും നമുക്ക് ശക്തി ലാസ്യമായിട്ട് തീരും മനസ്സിന്റെ ഓരോ മൂവ്മെന്റും നമുക്ക് ആനന്ദ ലഹരി സൗന്ദര്യ ലഹരി എന്ന് പറയണമല്ലോ ബ്രഹ്മത്തിന് സൗന്ദര്യമുണ്ടോ ബ്രഹ്മം നിർഗുണനിരാകാരമായിട്ടിരിക്കും ജ്ഞാനേശ്വർ മഹാരാജ് അമൃതാനുഭവത്തിൽ പറഞ്ഞു നിർഗുണനും നിരാകാരനുമായിരിക്കുന്ന തന്റെ ഭർത്താവിനെ പാർവതി കണ്ടു അത്രയും ഭർത്താവ് കുളിച്ചിട്ട് കോണകത്തോടെ നിക്കുന്നു അതിഥികൾ വീട്ടിൽ കയറി വന്നിരിക്കുന്നു ഭാര്യയെ എന്ത് ചെയ്തു വേഗം കിട്ടിയ രണ്ടു മൂന്ന് വേഷ്ടിയും ഒക്കെ എടുത്തുകൊണ്ടുപോയി ഉടുത്തുകൊടുത്തു ഒന്ന് മേലെ ഇട്ടുകൊടുത്തു ജ്ഞാനേശ്വരൻ പറയുന്നു അമൃതാനുഭവത്തിൽ തന്റെ ഭർത്താവ് നിരാകാരനഗ്നായി നിൽക്കുന്നത് കണ്ട് ദേവി നാണം തോന്നിയിട്ട് പ്രപഞ്ചരൂപത്തിൽ ഒരു ആഭരണവും വസ്ത്രവും ഉണ്ടാക്കി ഇട്ടുകൊടുത്തു എന്നാണ് അദ്ദേഹത്തിന് പ്രപഞ്ചരൂപത്തിൽ ഒരാഭരണവും വസ്ത്രവും ഉണ്ടാക്കി ഇട്ടുകൊടുത്തു അത്ര അപ്പോ എന്താ ഈ കാണുന്ന വിശ്വം അതിലുള്ള ചലനം ഒക്കെ തന്നെ അംബികയാണ് ദേവിയാണ് ദേവി ഈശ്വരനെ നിന്ന് അന്യമല്ല മനസ്സിൽ എത്ര ചാഞ്ചല്യം വരുമ്പോഴും ഈ ചാഞ്ചല്യമൊക്കെ തന്നെ എന്താ ആനന്ദ ലഹരി ആനന്ദത്തിന്റെ അലതല്ലൽ നടക്കുന്നു ഉള്ളില് അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒന്നിനെയും ജയിക്കാനോ മാറ്റാനോ മറിക്കാനോ ഒന്നുമില്ല ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ജയിക്കപ്പെട്ടു മനസ്ത്വം മനസ്സ് ചലിക്കുമ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നമുക്ക് പ്രിയപ്പെട്ട ആള് ഒരു നാടകത്തിൽ രാവണനായിട്ട് വേഷം കെട്ടി എന്ന് വെച്ച് നമ്മൾ അയാളെ വെറുക്കോ എന്തു പറയും ഗംഭീരമായിരുന്നു നിങ്ങളുടെ റോള് എന്ന് പറയും അല്ലെ അതേപോലെ മനസ്സ് സാക്ഷാത് അംബികയാണ് എന്ന് ഉപാസിക്കുകയാണെങ്കിൽ മനോബ്രഹ്മേതി ഉപാസീത ഉപാസിച്ചു തുടങ്ങിയാൽ മനസ്സിൽ കോപം വന്നാൽ നമ്മൾ എങ്ങനെ നോക്കും ആഹ ആ ജഗതീശ്വരി ഇപ്പോ രൗദ്രഭാവത്തിൽ എന്റെ ഉള്ളിൽ ദർശനം തരുന്നു അപ്പൊ എന്താവും കോപം എന്നുള്ള ഇമോഷനിലൂടെ യു വിൽ ഹാവ് എക്സ്റ്റസിസ് മിസ്റ്റിസിസം മനസ്സിൽ കാമം വരുന്നു മനോ ബ്രഹ്മേത്യ ഉപാസീത മനസ്സിനെ നിങ്ങൾ ജഗതീശ്വരിയുടെ സ്വരൂപമായി കരുതുന്നു മനസ്സിൽ കാമം ഉദിക്കുന്നു എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല നോ എക്സ്പ്രഷൻ നോ സപ്രഷൻ അത് കാണുമ്പോ ഉള്ളിലെ ശൃംഗാരരസരൂപിണ്യ നമഹ അംബികയ്ക്ക് ആരാധനയാണ് ആ ജഗതീശ്വരി ഈ രൂപത്തിൽ എനിക്ക് എന്റെ ഉള്ളിൽ ദർശനം തരുന്നു ക്രോധരൂപിണ്യനമഹ അങ്ങനെ ആരാധിച്ചാൽ അടുത്ത ക്ഷണം എന്താവും കോപോക്ക് പോയി പോകും അല്ലേ സ്നേഹത്തോടെ സമീപിച്ചാൽ കോപം പോയിപ്പോകും ഭക്തി കൊണ്ട് സ്പർശിച്ചാൽ കോപം കോപമല്ലാതായിട്ട് തീരും കാമം കാമല്ലാതായിട്ട് തീരും അസൂയ അസൂയയല്ലാതായിട്ട് തീരും ദ്വേഷം ദ്വേഷമല്ലാതായിട്ട് തീരും ആ മനസ്സ് എന്താവും അടങ്ങും ഒടുങ്ങും ശമിക്കും അപ്പൊ മായയെ ഈശ്വരബുദ്ധിയാവുള്ള സമീപനമാണത് മായയെ സമീപിക്കുന്ന ഭാവത്തിൽ മാറ്റം ഏർപ്പെട്ടാൽ നമ്മളെ അനുഗ്രഹിച്ചു പിൻവാങ്ങും അവൾ ബന്ധകാരിണിയുമാണ് മുക്തികാരിണിയുമാണ് വിദ്യ അവിദ്യാസ്വരൂപിണ്യനമാ എന്ന് ലളിതാ സഹസ്വർ നാമത്തിൽ ഒരു നാമം വിദ്യയായിട്ട് മായയെ സമീപിച്ചാൽ മുക്തികാരിണി അവിദ്യയായിട്ട് സമീപിച്ചാൽ ബന്ധകാരിണി നമ്മളുടെ ഉള്ളിൽ മനസ്സായിട്ടും നമ്മളെ അനേക വസ്തുക്കളിൽ മോഹിപ്പിക്കുന്നവളായിട്ടും ഒക്കെ അതേ ശക്തി തന്നെ നിൽക്കുന്നു ആ ശക്തിയെ തന്നെ നമ്മള് ജഗതീശ്വരിയാണെന്ന് സമീപിക്കുമ്പോ മായയെ എന്നുള്ള ഭാവത്തോടെ സമീപിക്കുമ്പോ അവൾ അനുഗ്രഹിച്ച് മാമേവയെ പ്രപദ്ധ്യത്തെ തനന്തി മാമേവയെ പ്രപദ്ധ്യന് എന്ന് വെച്ചാൽ കൃഷ്ണനെ ശരണാഗതി ചെയ്യുന്നു കൃഷ്ണൻ തന്നെ അവിടെ മായാസ്വരൂപനാണ് മാമേവയെ പ്രപദ്യ മായാമേതാം തനന്തിത്തെ ദൈവീഹ്യേഷ ഗുണമയി മമമായ ദുരത്യ എന്റെ ബുദ്ധിശക്തി സാമർത്ഥ്യം കൊണ്ടും മായെ ജയിക്കാൻ പറ്റില്ല മായയെ എന്റെ സാമർത്ഥ്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ജയിക്കാമെന്ന് വിചാരിച്ചാൽ മായ നമ്മളെ ഇരുത്തി നിർത്തി തുള്ളിപ്പിക്കും അഹങ്കാരത്തോടെ അവളെ സമീപിച്ചാൽ അവളെല്ലാവിധത്തും നമ്മളെ വിഷമിപ്പിക്കും മായയ്ക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ അജ്ഞാനികളായ മനുഷ്യന് ഭോഗം കൊടുക്കും ദുഃഖവും കൊടുക്കും അറിവിനോട് സമീപിക്കുന്ന മനുഷ്യന്റെ അഹങ്കാരത്തിനെ എരിച്ചുകളയും ഭസ്മമാക്കിക്കളയും അവൾ തന്നെ ഗുരു അവൾ തന്നെ ലോകത്തിൽ ആകർഷിക്കുന്ന വിഷയങ്ങളും വിഷയവാസനകൾ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിദ്യമായയുടെ വശത്തിൽപ്പെടുന്നു ഗുരു ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിദ്യാമായയുടെ ഗുരുവും മായയാണ് കാരണം രൂപത്തോടെ കാണപ്പെടുന്നു പക്ഷെ ഗുരുതത്വം നമ്മളെ വിദ്യയോട് അടുപ്പിച്ച് ഈശ്വരനോട് അടുപ്പിച്ച് സ്വരൂപത്തിനോട് അടുപ്പിച്ച് നമ്മളെ വിമുക്തരാക്കി അവൈദ്യ എന്ത് ചെയ്യുന്നു നമ്മളെ ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ അപ്പോ മായയെ ആരാധിക്കൽ എന്ന് വെച്ചാൽ ീശ്വരനിൽ നിന്നും അഭിന്നയാണെന്ന് കണ്ടാൽ ഏഷാമായ ഭഗവത സർഗസ്ഥിതി അന്ധകാരിണി ത്രിവർണ വർണ്ണിതാസ്മാഭി കിം ഭൂയ ശ്രോത്തും ഇച്ഛസി ഇനി എന്ത് കേൾക്കാനാണ് തനിക്ക് ആഗ്രഹമുള്ളത് ഹേ രാജൻ അന്തരീക്ഷം ചോദിക്കാൻ മായയെ വർണ്ണിച്ചു അവൾ ആരാ ത്രിവർണ അവൾക്ക് കറുപ്പ് നിറം അവൾക്ക് ചുവപ്പ് നിറം അവൾക്ക് വെളുപ്പ് നിറം വെളുപ്പ് സത്വത്തിന്റെ കറുപ്പ് തമസിന്റെ ചുവപ്പ് രജസിന്റെ ത്രിവർണ വർണിത ഇന്ദ്രിയം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ തന്നെ മായയുടെ രൂപങ്ങളാണ് അഷ്ടതാ പ്രകൃതി തന്നെ മായയാണ് പ്രപഞ്ചം തന്നെ മായയാണ് മായ എന്ന് വെച്ചാൽ ഭഗവാന്റെ ശക്തി എന്നർത്ഥം പാർവതിയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ തന്നെ മായ തന്നെ നിൽക്കുന്നു ഈശ്വരനിൽ നിന്നും വേറെയല്ല അഗ്നിയും അഗ്നിയുടെ ചൂടുപോലെയും വെള്ളവും അതിന്റെ നനയ്ക്കണ സ്വഭാവം പോലെ പാമ്പ് അതിനെ വളഞ്ഞിട്ടുള്ള പോക്ക് പോലെ മുണ്ട് അതിലുള്ള നൂല് പോലെ മായ ഈശ്വരനോട് ഐക്യപ്പെട്ടു നോക്കുന്നു പിരിച്ചെടുക്കാൻ പറ്റില്ല ആ മായയെ ഇത്രയും നേരം അന്തരിക്ഷൻ എന്ന യോഗി വർണിച്ചു മായയെ വർണ്ണിച്ചാൽ പോരാ മായയെ കടക്കാനുള്ള ഉപായം പറയണം ആ ഉപായമാണ് നമ്മൾ പറഞ്ഞത് ശരണാഗതി ശരണാഗതി ചെയ്യുമ്പോ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ യിൽ നിന്നും നമ്മളെ തരണം ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ മായയുടെ ഉള്ളിൽ പെട്ടുകിടക്കുമ്പോ എത്ര തന്നെ ബോധിപ്പിച്ചാലും പിടികിട്ടില്ല എത്ര തന്നെ അറിയിച്ചാലും പിടികിട്ടില്ല എത്ര തന്നെ ചിന്തിച്ചാലും പിടികിട്ടില്ല അപ്പോ ഈ അന്തരീക്ഷൻ എന്ന യോഗി മായയെക്കുറിച്ച് പറഞ്ഞു ഈ മായയെ കടക്കണമെങ്കിൽ ഗുരുവിന്റെ പാദത്തിൽ ശരണാഗതി ചെയ്യണം ഒരു ഗുരുവിനെ സമീപിച്ച് ജ്ഞാനം നേടണം ഭാഗവതധർമ്മത്തിനെ സ്വീകരിക്കണം ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി എവിടുന്ന് കിട്ടും ഒരു ആചാര്യനിൽ നിന്നും കിട്ടും യഥാർത്ഥമായ ഒരു ആചാര്യനെ പ്രാപിക്കണം ആചാര്യനെ ഇങ്ങനെ കിട്ടും ഹൃദയത്തിൽ ഭഗവാനെ പ്രാപിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനെ ഭഗവാൻ തന്നെ ഒരു സദ്ഗുരുവുമായിട്ട് ഘടിപ്പിക്കും നമ്മളായിട്ട് ഒരു ഗുരുവിനെ തെരഞ്ഞുപിടിക്കേണ്ട നേർക്കോലിപ്പാമ്പിന്റെ വായിൽ കുടുങ്ങിയ പോക്കാച്ചി തവളയെ പോലെ ആയിപ്പോകും തവളയ്ക്ക് പാമ്പിന്റെ വായിന്ന് പുറത്തേക്ക് ചാടാനും പറ്റില്ല പാമ്പ് നീർക്കോലിയാണ് ഈ തവളയും മുഴുങ്ങാനും പറ്റില്ല തവള വലിയ തവളയാണ് വായിൽ കുടുങ്ങിയും പോയി തുപ്പാനും വയ്യ മുഴുങ്ങാനും വയ്യ തവളയ്ക്കും ചാടാനും വയ്യ വലിയ പാമ്പാണെങ്കിൽ ഒറ്റ വിളിക്കും മുഴുങ്ങും പക്ഷെ ഇത് വയ്യ അപ്പൊ അതുപോലെ അരകുറയായിട്ടൊരാള് ഗുരു എന്നും സ്വീകരിച്ചു ഗുരുവിനും കഷ്ടം ശിഷ്യനും കഷ്ടം രണ്ടുപേരും കഷ്ടം ഒത്രമാവും അപ്പൊ ഗുരുവിനെ സമീപിക്കൽ എന്നുള്ളതാണ് അടുത്ത ഭാഗം ഇവിടെ രാജാവ് ചോദിക്കുകയാണ് യഥൈതാം ഐശ്വരീമുസ്തരാം അകൃതാത്മഭി തരന്തി അഞ്ചഹാ സ്ഥൂലധിയ മഹർഷെ ഇതം ഉച്ച പ്രബുദ്ധൻ എന്ന യോഗീശ്വർ ആരാ പ്രബുദ്ധൻ പ്രഭാഷണത്തിന് ഒരു രസവും ഇല്ലാത്ത രുചിയില്ലാത്ത ഒരാളെ വിളിച്ചുകൊണ്ടുവന്നു വിളിച്ചുകൊണ്ടുവന്നു അയാളിരുന്നു ഇരുന്ന് പ്രഭാഷണം കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞു എണീറ്റു ആ എണീറ്റപ്പോ പ്രബുദ്ധൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവനെ പ്രബുദ്ധൻ എന്ന് പറയണം പ്രബുദ്ധൻ ഇയാൾക്ക് എന്തുകൊണ്ട് പ്രബുദ്ധൻ എന്ന് പറഞ്ഞു ഇയാളും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഏത് ഉറക്കത്തിൽ നിന്നും മായേയാവുന്ന ഉറക്കത്തിൽ നിന്നും എത്രാലമായിട്ടുള്ള ഉറക്കം അനാദിമായയാതാ ജീവ പ്രബുദ്ധ്യത്തെ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥാ അനാദിമായയാസുത ആദിയില്ലാത്തമായ കൊണ്ട് എപ്പോഴും ഉറങ്ങാൻ തുടങ്ങിയതാണോന്നാണ് യഥാ ജീവ പ്രബുദ്ധ്യത്തെ ഈ ജീവൻ ഉണരുന്നു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവതാ നിബോധത ധാരാ നിഷിത ദുരത്യാ ദുർഗംബസ്തവയോ വഷത്ത് പറയുന്നു എഴുന്നേൽക്കും എഴുന്നേറ്റാ പോരാ ചിലര് എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കും അതുകൊണ്ട് മാസുപ്ത ഉറങ്ങരുത് വീണ്ടും ഉറങ്ങരുത് ഉത്തിഷ്ടത ജാഗ്രത പ്രാപ്യവരാ നിബോധത യഥാർത്ഥനായ സത്യം കണ്ടെത്തിയിട്ടുള്ള ഒരാചാര്യനെ സമീപിച്ച് സത്യമറിയൂ നിബോധത് ക്ഷുരധാരിഷിതാ ദുരത്യ വാൾത്തലയിൽ നടക്കുന്ന പോലെയാണ് വഴി ക്ഷുരസ്യധാരാ നിഷിതാ ദുരത്യ ദുർഗം പഥസ്ഥ കവയോവദന്തി അപ്പോൾ ആ മായയിൽ നിന്നും എങ്ങനെ ദുസ്തരാം മായ ആരാ കടക്കാൻ വളരെ വിഷമമുള്ളവളായ ഈ മായയെ ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്ക് എന്താണ് വിശേഷണം എണീപ്പിച്ചാ എണീപ്പിച്ച എണീക്കില്ല പറഞ്ഞാ പറഞ്ഞാ മനസ്സിലാവില്ല മനസ്സിലായാ മനസ്സിലായാ സംശയം വരും സംശയം തീർത്താ തീർത്താ വീണ്ടും വരും ഇതാണ് ഞങ്ങളുടെ കാര്യം സ്ഥൂലതിയാഹ രാജാവ് തന്നെ പറഞ്ഞു ഞങ്ങൾ സ്ഥൂല ബുദ്ധികൾ ഭഗവാനെ എന്തു പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല എന്തു ചെയ്യാൻ പറ്റും മണ്ടയിലെ ഒന്നും കയറണില്ല വെൽ പ്രൊട്ടക്റ്റഡ് ഹെഡ് അവിടെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു വഴിയും കാണുന്നില്ല അവിടെ കടന്നാൽ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഒരിടത്ത് പ്രഭാഷണം നടന്നുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും സംശയമുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാമെന്ന് ഒരാൾ അവസാനം പറഞ്ഞു സംശയമേ ഇല്ല സ്വാമി എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല അത് മനസ്സിലായാലേ സംശയം മനസ്സിലായ അപ്പോ മനസ്സിലായാലല്ലേ വിഷമമുള്ളൂ മനസ്സിലായിട്ടില്ലെങ്കിൽ വിഷമമേ ഇല്ല എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നാലേ വിഷമമുള്ളൂ ഒന്നും കടക്കണില്ലേ അന്ന് ഇവിടെ ഒരു കവചം ഇട്ടിരിക്കണ പോലെയാണ് യാതൊന്നും കടക്കണില്ലെങ്കിൽ അതാണ് സ്ഥൂലധിയാ രാജാവ് പറഞ്ഞു ഭഗവാനെ സ്ഥൂലബുദ്ധി മന്ദഭാഗ്യാഹ ഭാഗവത് ആരംഭിക്കുമ്പോഴേ പറഞ്ഞു മന്ദബുദ്ധികള് മന്ദഭാഗ്യന്മാര് കലിയിൽ അങ്ങനെയാണത്രെ എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും പിന്നെയും പിന്നെയും പിന്നെയും ബുദ്ധി അത്ര പെട്ടെന്ന് ചലിച്ചു കിട്ടില്ല വസ്തുവിനെ ഗ്രഹിക്കില്ല വിപരീതമായിട്ട് ഗ്രഹിക്കും എന്തു പറഞ്ഞാലും വിപരീതമായിട്ട് ഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ഒരാൾ ഒരുപാട് മദ്യപാനം ചെയ്യണമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഇയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ഇത് വിഷമാണോ കുടിക്കരുത് എന്നിട്ട് ഇയാൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ്സില് വച്ചവെള്ളം വെച്ചു എന്നിട്ട് ഒരു പുഴുവിനെ ആ വെള്ളത്തിലിട്ടു ആ പുഴു നീന്തി കയറി വേറെ ഒരു ഗ്ലാസ്സിൽ ആൽക്കഹോൾ വെച്ചു അതിലും ഈ പുഴുവിനെ ഇട്ടു അതങ്ങനെ കരിഞ്ഞുപോയി അതിനകത്ത് കണ്ടോ വയറിൽ പോയാൽ എല്ലാത്തിനെയും ചുട്ടയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാ കാണിച്ചു കൊടുത്തത് ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കി ആൽക്കഹോൾ ഉള്ളിൽ പോയാൽ ഉള്ളിലുള്ള പുഴുവൊക്കെ നശിക്കും ഇയാളെ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും അല്ല എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും അല്ല വഴിയുണ്ടോ ഇങ്ങനെയുള്ളവരെ പറഞ്ഞ എന്തു പറഞ്ഞാലും സംഹൗ മാനേജ് ടു മിസ് അഡർസ്റ്റാൻഡ് തലതിരിഞ്ഞ് ഒരാൾക്ക് ഭഗവത്ഗീത പഠിപ്പിച്ചു ഗീതയിൽ എന്താ പറഞ്ഞ് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് ഇഷ്ടം പോലെ നടക്കുക എന്താ സർവധർമാൻ പരിത്യജ്യ യഥേച്ഛസി ഒരു സ്ഥലത്ത് സർവധർമാൻ പരിത്യജയുണ്ട് വേറൊരു സ്ഥലത്ത് യേജസ്വദ രണ്ടും കൂടെ ചേർത്തു ഇവരെ എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കും ചിലരെ പഠിപ്പിക്കാൻ പറ്റില്ല അതാണ് സ്ഥൂലബുദ്ധി എന്ന് പറഞ്ഞു ഇവിടെ ഈ രാജാവ് തന്നെ പറയുന്നു ഐശ്വര്യം ദുഷ്കൃതാം അകൃതാത്മവിഹി സ്ഥൂലധിയഹ ഭഗവാനെ സ്ഥൂലബുദ്ധികളായിട്ടുള്ള ഞങ്ങൾക്ക് ഭഗവത് തത്വം മനസ്സിലാവണം ബ്രഹ്മവിദ്യ മനസ്സിലാവണം അതെങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ബുദ്ധിയിൽ അങ്ങ് കയറ്റിത്തരണം അങ്ങ് മനസ്സിലാക്കിപ്പിച്ച് തരണം അതുകൊണ്ട് സ്ഥൂലബുദ്ധികളായി ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു തരുക എങ്ങനെ പറഞ്ഞു കൊടുക്കും സ്ഥൂലബുദ്ധികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേദാന്തത്തിനെ പറഞ്ഞു കൊടുക്കാൻ വഴിയൊന്നുമില്ല യു കെ നോട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പോയാൽ എവിടെയോ പോയി കണ്ണു കാണാത്ത ഒരാൾക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കും കണ്ണ് തന്നെ അയാൾക്ക് വരാനുള്ള വഴി നോക്കണം അല്ലാതെ എത്ര എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്താലും അയാൾക്ക് ഒരു വസ്തുവിനെ ഗ്രഹിക്കാൻ പറ്റില്ല കണ്ണേ കാണാത്ത ഒരാൾ പാലേ കണ്ടിട്ടില്ല അയാളോട് പറഞ്ഞു കുട്ടിക്ക് പാല് കുടിച്ചിട്ട് ദഹന കേട് പിടിച്ചു അപ്പൊ അയാൾ ചോദിച്ചു പാലോ അതെങ്ങനെ ഉണ്ടാവും വെള്ള കളറിലുണ്ടാവും വെള്ള കളറോ അതെങ്ങനെ ഉണ്ടാവും കൊക്കിനെ പോലെ ഉണ്ടാവും കൊക്കോ അതെങ്ങനെ ഉണ്ടാവും ഇയാൾക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കും കൈ ഇങ്ങനെ വെച്ചിട്ട് കൊക്ക് പോലെ ആക്കിയിട്ട് തൊട്ട് ഇത്ര വലിയ സാധനം കുട്ടി മുഴുങ്ങിയിട്ട് ജീവനോടെ ഇരിക്കുന്നുണ്ടോ എവിടെ പോയി എത്തി നോക്കൂ എന്താ പറഞ്ഞു കൊടുക്കാൻ പോയത് എവിടെ പോയി എത്തി ഇതുപോലെ ബ്രഹ്മത്തിനെ എങ്ങനെ ലോകത്തിൽ ഉപമകൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സാധ്യമല്ല അനുപമം ആണത് ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല അനന്വയാലങ്കാരം എന്നൊരലങ്കാരമുണ്ട് രാമരാവണ യുദ്ധം നടക്കുന്നു എന്തിനോട് ഉപമിക്കും രാമരാവണ യുദ്ധത്തെ വാൽമീകി പറഞ്ഞു ഉപമിക്കാൻ ഒന്നുമില്ല സമുദ്രത്തിനെ ആകാശം പോ സമുദ്രം പോലെ ആകാശം ആകാശം പോലെ ഗഗനം ഗഗനാകാരം സാഗര സാഗരോപമ രാമരാവണയോ യുദ്ധം രാമരാവണയോരിവ് ആകാശം ആകാശം പോലെ സമുദ്രം സമുദ്രം പോലെ രാമരാവണ യുദ്ധം രാമരാവണ യുദ്ധം പോലെ വേറൊന്നും ഉപമിക്കാനില്ല അതുപോലെ സ്ഥൂലബുദ്ധികളായിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു തരണം എന്ന് വെച്ചാൽ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കും ഒരു ലിമിറ്റിന് മേലെ സാധ്യമല്ല എന്നാലും പ്രബുദ്ധൻ എന്ന യോഗീശ്വരനോട് ചെന്ന് രാജാവ് പറയുന്നു യഥാ ഏതാം ഐശ്വരീം മായാം ുഷ്കൃതാം അകൃതാത്മവിഹി ദുഷ്തരാം അകൃതാത്മവിഹി ഈ മായ തരണം ചെയ്യാൻ വളരെ വിഷമമാണ് അറിയാം എന്നാൽ അകൃതാത്മബിഹി ഇന്ദ്രിയ നിഗ്രഹവും ഇല്ലാത്ത ആളുകൾ മനോനിഗ്രഹവും ഇല്ലാത്ത ആളുകളായ ഞങ്ങൾ അഞ്ചഹാ തരന്തി എളുപ്പത്തിൽ തരണം ചെയ്യണമത്ര എന്താ മോഹം നോക്കൂ ഒന്നും ചെയ്യാനും വയ്യ എളുപ്പത്തിൽ തരണവും ചെയ്യണം എളുപ്പത്തിൽ കടക്കും വേണം വേഗം കടക്കണം എന്ന് വെച്ചാൽ അതാണ് ഭക്തന്റെ ലക്ഷണം ഭക്തൻ പറയാ ഭഗവാനെ എന്നെ ഇപ്പൊ കരകയറ്റണം ഞാൻ പ്രവർത്തിച്ചിട്ടേ നിങ്ങൾ കരകയറ്റുള്ളൂ എങ്കിൽ ഞാൻ ചെയ്യുന്നതിന് കൂലി നിങ്ങൾ കരകയറ്റുള്ളൂ അങ്ങനെ പറ്റില്ല പ്രഭുസ്വം ദീനാനാം ഖലു പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വം അനയോഹോ നമ്മൾ തമ്മിലുള്ള ബന്ധുത്വം സാധാരണ ബന്ധുത്വമാണോ അങ് പ്രഭു ഞാൻ ദീനൻ അങ്ങ് ഗുരു ഞാൻ ശിഷ്യൻ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം കരകയറ്റാന്ന് വെച്ചാൽ അത് ശരിയായ ലക്ഷണമല്ല പ്രഭുസ്വം ദീനാനം ഖലു പരമബന്ധു പശുപത്തെ മാക്സിമം ഞാൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ട കുരുക്കുകളൊക്കെ വെക്കും എന്നിട്ടും അങ്ങ് രക്ഷിക്കണം ഞാൻ എല്ലാ കുഴപ്പങ്ങളും സൃഷ്ടിച്ചാലും ആ കുഴപ്പങ്ങളിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധുഹ പശുപതേം പ്രഭുക്യോഹം ഞാൻ പശു അങ്ങ് പതി ഞാൻ പശു അവിടെ നിന്ന് പതി പശു എവിടെയെങ്കിലുമൊക്കെ പോവും അഴിച്ചുവിട്ട ആരുടെയെങ്കിലും ഒക്കെ വേരി ചാടിക്കടന്ന് വിളവ് തിന്നും പിടിക്കാൻ പോണ ആള് പിടിച്ചോണ്ട് വന്നോളൂ ആ പശുവിന് വലുത് അറിയോ അതിന് യാതൊന്നും അറിയില്ല പ്രഭുസ്വം ദീനാനാം ഖലു പരമബന്ധുഹു പശുപതേം മുഖ്യോഹം തേഷാമപി കിമുത്ത ബന്ധുത്വം അനയോഹം ത്വയ ക്ഷന്തവ്യ ഞാൻ എത്ര പാപം ചെയ്തിട്ടുണ്ടോ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ക്ഷമിച്ചോളണം ഫയലൊക്കെ എടുത്ത് എഴുതി തള്ളണം ചിലരൊക്കെ ചെയ്ത ഫയലുകളൊക്കെ അവർക്ക് പറ്റിയ ആളുകൾ വന്നാൽ എന്തു ചെയ്യും ഒക്കെ മാറ്റി എഴുതി തള്ളിക്കളി കണക്കുകൾ ചില പഴയ കണക്കുകളൊക്കെ എഴുതി തള്ളുക അതുപോലെ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫയലൊക്കെ ചിലപ്പോൾ ധാരാളം ഉണ്ടാവും ഒക്കെ എടുത്ത് മാറ്റിവെക്കണം അല്ലെങ്കിൽ എന്ത് കൃപ ഒക്കെ ക്ഷമിക്കണം ക്ഷന്തവ്യോമേ അപരാധ ത്വയ ക്ഷന്തവ്യാഹാശിവ മത് അപരാധാശ്ച സകലാഹ മതവനം അവനം എന്ന് രക്ഷിക്കും ത്തിരി വശമാണ് എത്ര വശമാണെങ്കിലും വേണ്ടില്ല പ്രയത്നാത് കർത്തവ്യം മെനക്കെട്ടിട്ടാണെങ്കിൽ ചെയ്യണം എന്നാണ് ഞാൻ എത്ര പടുകുഴിയിൽ വീണാലേശരി അവിടെ വന്ന് എന്നെ പിടിച്ചു കയറ്റണം പ്രയത്നാത് കർത്തവ്യം അതവനം ഇയം ബന്ധു ഇതാണ് ബന്ധുത്വത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ അങ്ങ് പ്രഭുവാണ് കാരുണ്യവാനാണ് കൃപാലുവാണ് എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥം ഞാനിവിടെ കിടന്നാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ദുഃഖിച്ചുകൊണ്ടിരിക്കൂ നീ കുറച്ച് സാധനമൊക്കെ ചെയ്യൂ തപസൊക്കെ ചെയ്യൂ ശുദ്ധമായിട്ട് വരൂ എന്നിട്ട് രക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അതങ്ങടെ കൃപയ്ക്ക് നിരക്കില്ല ഞാനിവിടെ ഒന്നും ചെയ്യില്ല നിങ്ങൾ രക്ഷിക്കുക തരന്തി അഞ്ചാ എളുപ്പത്തിൽ അങ്ങനെ ഒരു എളുപ്പമാർഗം ഉണ്ടോ എളുപ്പമാർഗമാണ് കൃപാമാർഗം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമാർഗ്ഗം നമുക്ക് ഏറ്റവും വിഷമം പിടിച്ച മാർഗമാണ് വിഷമം പിടിച്ച മാർഗമാണ് നമുക്ക് ഈസി മാർഗം വാസ്തവത്തിൽ ഏറ്റവും എളുപ്പമെന്താ ചുമ്മാ ഇരിക്കൽ അല്ലേ ഒന്ന് ഇരുന്ന് നോക്കൂ ഇരുന്ന് നോക്കൂ ചുമ്മാ ഇരിക്കൽ ഏറ്റവും എളുപ്പം ഒന്നും ചെയ്യണ്ട യാതും പണം ചെലവില്ല എനർജി ചെലവില്ല ഒന്നും വേണ്ട ചുമ്മാ ഇരിക്കൽ ഏറ്റവും എളുപ്പം പക്ഷെ ഇരുന്നാൽ കുറച്ചുനേരം ഇരിക്കാൻ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാക്കും എന്നിട്ട് പിന്നെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും വയ്യ ഇരിക്കാം വയ്യ രണ്ട് മിനിറ്റ് നേരം ചുമ്മാ വയ്യ ഏറ്റവും എളുപ്പം ഏറ്റവും വിഷമം കൃപാമാർഗം ഏറ്റവും എളുപ്പമാണ് എന്താ കൃപാമാർഗം ഭഗവാന്റെ പരമകൃപ രക്ഷിക്കും എന്നറിഞ്ഞ് നമ്മളിപ്പോ പോയി നീന്താനറിയാത്തവരെ കുളത്തിൽ ചാടിയാൽ എന്താവും മുങ്ങിപ്പോകും അല്ലേ അതേ ആള് മരിച്ചിട്ട് ശവത്തിനെ എടുത്ത് വെള്ളത്തിലിട്ടാലോ പൊങ്ങിക്കിടക്കും എന്താ ഈ ശവം കുറച്ചുനേരം മുമ്പ് മുങ്ങി ഇപ്പൊ എന്താ പൊങ്ങണത് ശവം നീന്തുന്നുമില്ല നീന്താൻ ശ്രമിക്കണമില്ല രക്ഷപ്പെടാനും ശ്രമിക്കണില്ല അതുകൊണ്ട് പൊങ്ങിക്കിടക്കും മറ്റേ ആള് മുങ്ങാൻ കാരണം എന്താ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ മുങ്ങുന്നു സ്വിമ്മിങ് ഒന്നും ചെയ്യണ്ടാവുന്നതാണ് മലന്ന് കിടന്നാൽ മതി വെള്ളത്തിൽ പൊങ്ങിക്കിടന്നോളും പക്ഷെ വായിൽ വെള്ളം കയറിയാൽ മുങ്ങും വെള്ളം ഉള്ളിൽ കയറിയാൽ മുങ്ങും വെള്ളം ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ മുങ്ങില്ല എന്നാണെന്നാണ് നിയം വെള്ളം വെള്ളത്തിൽ കയറിയാൽ വെള്ളം മുങ്ങും വെള്ളം വെള്ളത്തിൽ കയറിയാൽ വെള്ളം മുങ്ങും ഉള്ളിൽ കയറിയാൽ മുങ്ങും അതേപോലെ മായ ഉള്ളിൽ കയറിയാൽ നമ്മൾ മുങ്ങും യാതൊന്നും ചെയ്യാത്ത ശവം പൊങ്ങിക്കിടക്കുന്നു അതുപോലെ ഭഗവാന്റെ കൃപയാവുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട ഉണങ്ങിയ എലയായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ മുക്തി അത് തന്നെ സാക്ഷാത്കാരം അത് തന്നെ സർവവിധത്തിലുള്ള സ്വാതന്ത്ര്യം അവിടെ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി ആ കാറ്റ് എവിടെ കൊണ്ടുപോകണോ അങ്ങോട്ട് പോകും ഈ ഇലയ്ക്ക് സ്വന്തം ഇച്ഛയേയില്ല ഇല പോണത് കാണുമ്പോൾ നമുക്ക് തോന്നും വലിയ പ്രയത്നം ചെയ്യുന്ന പോലെ പറക്കുന്നു ആ ഇലയോട് പോയി ചോദിച്ചാൽ ഇല എങ്ങനെ ഓടണം കുറച്ച് നിൽക്കും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ കാറ്റ് കൊണ്ടുപോവാണ് അതുപോലെയാണ് കൃപയിൽപ്പെട്ട മഹാപുരുഷന്മാരുടെ ജീവിതവും ആ കൃപാമാർഗം വളരെ സുലളിതമായ മാർഗം അതാണ് അഞ്ചെ ലളിതമായ വഴിയും സുലിതമായ വഴി നാളെ പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ ഗുരൂപസത്തി പറയുന്നു ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് എങ്ങനെ ഭാഗവതധർമ്മം അറിയണം എങ്ങനെ ഗുരു ഉപദേശിക്കുന്നു എന്തെന്താണ് അതിൽ നിന്നും അറിയേണ്ടത് എങ്ങനെ അതിൽ നിന്നൊരു ജീവന സാക്ഷാത്കാരമുണ്ടാവുന്നു ഇതൊക്കെ പറയുന്നു അത് നമ്മളെ നാളെ കാണാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ ണരിണലോലാസം പരമായാസം മാതാകാരമ പ്രണമത ഗോവിന്ദം പരമാനന്ദോവി ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ ഗോപാലം